ായ എൽമിനെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചതൊരു മാറാവട്ടെ പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് അതായത് ഒലിവെടുക്കുമ്പോ കാല് കഴുകുന്നതിന് പകരം കാലിൽ ധരിക്കുന്ന സോക്സ് തടവിയാൽ മതിയാകുമോ എന്നതാണ് നമ്മുടെ വിഷയം ധാരാളം ആളുകൾക്ക് സംശയമുള്ള പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു വിഷയമാണ് ഈ ഒരു കാര്യം പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങൾ കാലിൽ സോക്സ് ധരിക്കുകയും അതുമേൽ തടവുകയും ചെയ്തതായി ഹദീത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോ സ്വാഭാവികമായും പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ടാവും അതുകൊണ്ടാണ് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക മനസ്സിലാവാത്ത കാര്യങ്ങൾ അവസാനം ചോദിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് സാന്നർഭികമായി ഓർമ്മപ്പെടുത്തുന്നു െയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ കൽപ്പിച്ചു ഇതാക്കും തുമ്മിലാത്തി ഫൗസിലു വജൂഹക്കും വൈദിയ കുമ്മിനിൽ മറാഫിക്കി വംസഹു ബിറൂസിക്കും വാർജുല കുമ്മിനൽ കാനി എന്ന് പറഞ്ഞു നമസ്കരിക്കാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ഫൗസിലു വജൂഹക്കും വൈദിയ കുമ്മിനിൽ മറാഫിക്കി മുഖം കഴുകണം രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം വംസഹൂബിർ ഊസിക്കും നിങ്ങളുടെ തല നിങ്ങൾ തടവണം അർജുനക്കും ഇലൽ കാബയിന് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന അപ്പോ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമസ്കരിക്കാമെന്നായി അഥവാ നമസ്കരിക്കണമെങ്കിൽ ഇത്തരം ചെയ്യൽ നിർബന്ധമുള്ളോ ഇത് ചെയ്താൽ നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്തരം ചെയ്യൽ നിർബന്ധമുള്ളോ അഥവാ വലുവിന് ഇത്ര ഫറിലുള്ളോ എന്നായി അപ്പോ അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് അതുമാത്രമാണ് ഉലുവന്റെ ഫർലുകൾ എന്ന് ഇമാം ഷാഫിയുറിയുള്ളാഹുവിന് അടക്കമുള്ള പണ്ഡിതന്മാർ പറയാനുണ്ടായ കാരണവും അത് തന്നെ ഏതെങ്കിലും ആവട്ടെ ഇവിടെ കാല് കഴുകണം എന്നാണ് അള്ളാഹുസ് ബഹാനഹുവാല ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത് കാല് കഴുകണം ഇതാണ് അസുൽ നിയമം ഒലുവെടുക്കുമ്പോൾ കാല് കഴുകുക എന്നതാണ് അസുൽ നിയമം ഈ അസുൽ നിയമത്തിൽ ചില ഇളവുകൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് റുഹ്സ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങൾ ഹുക്കുമകൾ രണ്ട് തരമുണ്ട് റുഹ്സ ഒന്ന് അസീമത്ത് ഒന്ന് റുഹ്സ ഒന്ന് അസീമത്ത് എന്ന് പറയും ഒന്ന് റുഹ്സ എന്ന് പറയും അസീമത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അസുൽ നിയമങ്ങൾ തന്നെ ആ അസുൽ നിയമങ്ങൾ ചിലപ്പോൾ റുസയായി മാറും അല്ല ഹുക്കുമുഷറയ്യു ഇൻ തകയ്യറയില സുഹൂലത്തിൻ لعذرين ما قيام السببي للحكم الاصلي فرخصة ارو شرعياء حكم اذ أدو... اهب اهب حكم نهب الوپم الله ارو بشي ارو حكم الهك ارو شرعياء حكم اذنه کال اروپم الله انه لهك اذ ما تنم ونال اذ وران ارو كارنا مندائركم അസുൽ നിയമത്തിനുള്ള കാരണം അതവിടെ നിലനിൽക്കുന്നതോടുകൂടെ തന്നെ മാറ്റം വരാനൊരു കാരണമുണ്ടാവും അങ്ങനൊരു സുഹൂലത്തിലേക്ക് എളുപ്പമുള്ള അവസ്ഥയിലേക്ക് മാറ്റം വന്നാൽ അതിനെ സംബന്ധിച്ചാണ് റൊഹ്സ എന്ന് പറയുന്നത് അഥവാ ഇളവ് എന്ന് പറയുന്നത് ഈ ഇളവ് നൽകപ്പെടണമെങ്കിൽ സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാം ഇളവ് നൽകപ്പെടുമ്പോൾ അതിന് മതിയായ നിബന്ധനകളും കാരണങ്ങളും ഒക്കെയുണ്ട് ഒക്കെയും ഉണ്ടായിരിക്കും ചില ചട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴാണ് ഇളവ് അനുവദിക്കുക ഒരു നിയമം വന്നാൽ ആ നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെടണമെങ്കിൽ അതിനു മതിയായ ഒരു സാഹചര്യം കാരണമുണ്ടാവും ആ ഇളവ് അനുബാധകമാവണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ അതിന്റേതായ ചില മാനദണ്ഡങ്ങളും ഷുറൂത്തുകളും നിബന്ധനകളും ഉണ്ടായിരിക്കും അതിനൊക്കെ വിധേയമായി ആ പ്രത്യേക കാരണമുള്ളിടത്ത് മാത്രമാണ് ഇളവ് അനുവദിക്കപ്പെടുന്നത് അതല്ലാതെ എപ്പോഴും ഇളവ് എല്ലാവർക്കും ഇളവ് എന്നാണെങ്കിൽ പിന്നെ അസുൽ നിയമത്തിന് വിലയില്ലാതെയാവും ഏതൊരു റുസയുടെയും ഇളവിന്റെയും സ്വഭാവം അത് അതുകൊണ്ട് തന്നെ ഴുകണം എന്നതാണ് അസുൽ നിയമം ഒളിവെടുക്കുമ്പോൾ കാല് കഴുകണം എന്നതാണ് നിയമം ഇതാണ് അസീമത്ത് ഈ നിയമത്തെ ഒരു എളുപ്പമുള്ള അതിനേക്കാൾ എളുപ്പമുള്ള സൗകര്യമുള്ള ഒരു നിയമത്തിലേക്ക് മാറ്റം വരുത്തുകയാണ് ഈ മാറ്റം വരുത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് റുസ എന്ന് പറയും ഇവിടെ കാല് കഴുകുന്നതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്താൽ മതി തടവേണ്ടത് തടവിയാൽ മതി എന്നാണ് എന്നാണ് കാല് കഴുകുന്നതിന് പകരം തടവിയാൽ മതി എന്നാണ് ഒരു നിയമം വരുമ്പോ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് കാല് കഴുകുക എന്ന നിയമത്തിൽ ഒരു ഇളവ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു ഇളവ് ഉണ്ട് കാല് കഴുകുന്നതിന് പകരം തടവിയാൽ മതി എന്ന ഒരു ഇളവുണ്ട് ഏത് തടവിയാൽ മതി അതായത് നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങളുടെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഹുഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഹുഫ് എന്ന് പറയുന്ന സാധനം അത് കാലിൽ ധരിക്കുന്ന അത് ധരിച്ച് നടക്കാൻ പറ്റുന്ന നാം ഇന്ന് ഷൂ അതുപോലെ ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യനെ നടക്കണമെങ്കിൽ കാലിലന്നെങ്കിലൊന്ന് ധരിക്കണമല്ലോ യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും ഈ കാലിൽ ധരിക്കുന്ന ഒരു സാധനമാണ് ഹുഫ എന്ന് പറയുന്നത് അത് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഷൂ ചില ഷൂകളൊക്കെ ആ ഇനത്തിൽ പെടുന്നതാണ് ചിലതതിൽ പെടുകയില്ല ചിലതതിൽ പെടും വിശാല വിശദമായി പിന്നീട് പറയാം ഈ ഹുഫ എന്ന് പറയുന്ന സാധനം ഇത് ധരിച്ചാൽ അതിന്റെ നിബന്ധനകൾ പ്രകാരം ധരിച്ചതാണെങ്കിൽ അതിന്റെ നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിയതാണെങ്കിൽ അതിന്മേൽ തടവിയാൽ മതി എന്ന് ഒരു ഇളവുണ്ട് ഒരു നിയമമുണ്ട് അപ്പൊ കാല് കഴുകണം എന്ന നിർബന്ധമായ നിയമത്തിൽ നിന്ന് അസീമത്തിൽ നിന്ന് എന്ത് ചെയ്തു ഈ ഹുഫയെ തടവിയാൽ മതി കഴുകൽ നിർബന്ധമില്ല എന്ന ഒരു ഇളവിലേക്ക് നിയമത്തിൽ മാറ്റം വരികയാണ് ഇങ്ങനെ പല വിഷയങ്ങളിലും മാറ്റം വരാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ലൊഹറു നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നമസ്കരിക്കണം സമയമായാൽ അസറാവുന്നതിന്റെ മുൻപ് നമസ്കരിച്ചു കൊള്ളണം നിയമം പക്ഷേ ചില കാരണങ്ങൾ ചില നിബന്ധനകൾക്ക് വിധേയമായി അസറിലേക്ക് പിന്തിച്ച് ജമാക്കി നമസ്കരിക്കാം അല്ലെങ്കിൽ നാലു റക്കായത്ത് നമസ്കരിക്കണമെന്ന അസുൽ നിയമത്തിൽ രണ്ട് റക്കായത്തായി ചുരുക്കി നമസ്കരിക്കാം ഇത് റുഫ്സയാണ് അതിന് അതിന്റേതായ ഒരു കാരണമുണ്ടായിരിക്കും അതിന്റേതായ ചില നിബന്ധനകളും ഷർത്തുകളും ഉണ്ടായിരിക്കും അതിന് വിധേയമായിക്കൊണ്ട് ഇത് അനുവദനീയമാണ് ഈ ഒരു സ്വഭാവം ഇവിടെയും ഉണ്ട് കാല് കഴുകണം എന്ന അസുൽ നിയമത്തിൽ നിന്ന് ഹുഫയെ തടവിയാൽ മതി എന്ന ഒരു നിയമത്തിലേക്ക് ഇളവ് റുഫ്സ അനുവദിക്കപ്പെടുമ്പോ അതിന് അതിന്റേതായ കാരണവും മതിന്റേതായ ചില ഷർത്തുകളും ഉണ്ട് ഹുഫ തടവുക എന്നൊരു വിഷയം ഉണ്ട് എന്ന കാര്യം ഹദീസുകളിലൊക്കെയും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് അതൊരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല പല ഹദീസുകളിലുമായി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ജരീറുബിൻ അബ്ദുല്ലാഹി റലിയുള്ളാഹുവിനു ജരീർ റലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഈ ഹദീസിൽ ബഹുമാനപ്പെട്ട ജരീർ റലിയുള്ളാഹുനു എന്ന പറയപ്പെടുന്ന ഹദീസ് ഇതിൽ ان جرير بن باله ثمته والله مصلح الخفيني جرير رضي الله ായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ തങ്ങൾ കാല് കഴുകുന്നതിന് പകരം ഹുഫ തടവിയിരുന്നു എന്നായി അപ്പോ ചില ആളുകൾ പറഞ്ഞു അത് ഇന്നൂലിൽ സൂറത്തിലെ ആയത്തുണ്ടല്ലോ കൊതുകൊടുക്കുമ്പോൾ കഴുകണമെന്ന് നല്ലാഹി സലാഹുലൈ തങ്ങൾ ഹുഫയെ തടവിയത് ആ ആയത്തിറങ്ങുന്നതോടുകൂടി ഹുഫയെ തടവൽ അനുവദനീയമാണ് എന്നത് മൻസൂഹായി ഇല്ലാതെയായി പോയിട്ടുണ്ടല്ലോ കാരണം ആയത്തിലല്ലാഹുത്താല പറയുന്നത് വാൽ അർജുലക്കുമിലൽ കബനെ കാലി ഞരിയാനി ഉൾപ്പെടെ കഴുകണമെന്നാണ് അപ്പോ കഴുകണമെന്ന കൽപ്പന വരുന്നതിന്റെ മുൻപായിരുന്നു റസൂറുള്ള ഹുഫയെ തടവിയാൽ മതി എന്നത് പഠിപ്പിച്ചത് അതിന്റെ ശേഷമാണ് കഴുകണമെന്നായിറങ്ങിയത് അതുകൊണ്ട് ഹുഫയെ തടവുക എന്ന നിയമം നിലനിൽക്കുന്നില്ലല്ലോ എന്ന് ജരീർ റലിയുളാഹുന്നുവിനോട് ചോദിച്ചപ്പോൾ കാല അവര് പറഞ്ഞു മ അസ്ലം തുസൂലിൽ അൽമാ സൂറത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഞാൻ മുസ്ലിമായി അഥവാ അൽമായുധ സൂറത്തിലാണ് അള്ളാഹുത്താൽ എന്ത് ചെയ്യുന്നത് കാല് കഴുകാൻ വേണ്ടി കൽപ്പിക്കുന്നത് എന്നാൽ ജരീറുല്ലാഹു എന്ന് പറയുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ കാല് ഹുഫയെ തടവുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ മുസ്ലിമായതോ ജരീർ എന്നവർ മുസ്ലിമായിട്ടുള്ള തന്നെ മായുധ സൂറത്ത് ഇറങ്ങിയതിന്റെ ശേഷമാണ് അഥവാ ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷവും റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഹുഫയെ തടവിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പായി അപ്പോ ആ നിയമം അസുൽ നിയമം കാല് കഴുകണമെന്ന നിയമം നിലനിൽക്കുന്നതോടുകൂടെ തന്നെ നിശ്ചിത ചില കാരണങ്ങൾക്ക് വേണ്ടി നിശ്ചിത ചില നിബന്ധനകൾക്ക് വിധേയമായി കാലുമ ധരിച്ചിട്ടുള്ള ഹുഫ തടവിയാൽ മതി എന്ന കാര്യം സ്ഥിരപ്പെടുന്നു ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷവും ആ നിയമം നിലനിന്നിരുന്നു എന്ന കാര്യം ഉറപ്പായി ഈ അർത്ഥത്തിൽ പല സഹാബിമാരിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഹുഫയ തടവൽ അനുവദനീയമാണ് എന്ന അർത്ഥത്തിൽ പല സഹാബിമാരിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രധാനമായി ബഹുമാനപ്പെട്ട മുഗൈറത്ത് ബിൻ ഷോബർ അലിയുള്ളാഹു വനത്തോട്ടുള്ള റിപ്പോർട്ടാണ് ഹറജലി ഹാജത്ത്ാഹു അലി വസലമ തങ്ങൾ അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒഴിഞ്ഞുപോയി ബഹുമാനപ്പെട്ട മുഗൈറത്തു അലിയുള്ള ഒരു പാത്രത്തിൽ വെള്ളവുമായി ചെന്നു ഫസബാലി റസൂൽ അല്ലാഹി സല്ലാ വലൈ വസ്ലമ തങ്ങൾക്ക് അവിടുന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഹൈന ഫറമിൻ ഹാജത്തി അവിടുത്തെ ആവശ്യം കഴിഞ്ഞപ്പോ ഒതുക്കാൻ വേണ്ടി ഫതവല്ല റസൂൽ സ്വല്ലാ വസ്ലമ തങ്ങൾ ഒതുവെടുത്തു അവിടുത്തെ ഹുഫമ്മേൽ തടവുകയും ചെയ്തു ഇങ്ങനെ ഈ അർത്ഥത്തിൽ പല ഹദീഫുകളും സഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിശദമായി കൂടുതൽ പറയേണ്ടതില്ല ഇതിൽ നമുക്ക് ആ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മാത്രമല്ല ഈ അർത്ഥത്തിൽ സഹാബത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗം എഴുപതിലധികം സഹാബിമാരിൽ നിന്ന് ഈ ഹുഫയ തടവൽ അനുവദനീയമാണ് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് എഴുപതിലധികം സഹാബിമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഒമർ മുൻ ഹത്താബുർ അലിയുല്ലാഹു ഒന്നു അലീബുൻ അബി താലിബ് സാദ്ദുൻ അബി വക്കാസ് അബ്ദുള്ള മസറൂദ് അബ്ദുല്ലാബിൻ അബ്ബാസ് ഹസൈഫുബിൻ യമാൻ അങ്ങനെ തുടങ്ങി വലിയ പ്രഗത്ഭരായ എഴുപതിലധികം വരുന്ന സഹാബിമാരിൽ നിന്ന് ഹുഫയെ തടവൽ അനുവദനീയമാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബഹുമാനപ്പെട്ട സഹാബത്തിൽ മൂന്ന് ആളുകൾക്ക് മാത്രമായിരുന്നു അതിൽ എതിർപ്പ് ഉണ്ടായിരുന്നത് ഹുഫയ തടവൽ അനുവദനീയമാണോ അല്ലയോ എന്ന വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നത് മൂന്ന് സഹാബിമാർക്കാണ് ഒന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള അബ്ബാസ് റലിയുല്ലാഹു വൻഹുമാ പിന്നെ ഒന്ന് ആലിയുള്ളാഹു വൻഹ അബ്ദുള്ളബിനു അബ്ബാസ് റലിയുല്ലാഹു വൻഹുമായ തൊട്ടുള്ള റിപ്പോർട്ട് അതായത് ഒരു സംഭവം ബഹുമാനപ്പെട്ട അബ്ദുള്ളബിൻ അബ്ബാസ് റലിയുള്ളാഹു അൻഹു എന്ത് ചെയ്തു ഇതിനെ ആദ്യം നിഷേധിച്ചിരുന്നു ആദ്യം അതിനെ നിഷേധിച്ചിരുന്നു കാരണം ഇങ്ങനെ തടവൽ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ അബ്ദുള്ളബിൻ അബ്ബാസ് റലിയുല്ലാഹു അന്നുവിന് റസൂലുള്ള ഹുഫയെ തടവി എന്ന വിഷയം അറിയാത്തതുകൊണ്ടല്ല അബ്ദുള്ളബിൻ അബ്ബാസ് റലിയുള്ളാഹു അൻഹുമ മനസ്സിലാക്കിയിരുന്നത് സൂറത്തിലെ കാല് കഴുകണമെന്ന് ആയത്ത് ഇറങ്ങുന്നതിന്റെ മുൻപായിരുന്നു റസൂലുല്ലാഹി എന്ത് ചെയ്തത് ഹുഫയെ തടവിയത് അതിന്റെ ശേഷം അവിടെ നിന്ന് ചെയ്തിട്ടില്ല തടവിയിട്ടില്ല എന്ന് ആയിരുന്നു അബ്ദുള്ളബിൻ അബ്ബാസ് എന്നവരാദ്യം മനസ്സിലാക്കിയിരുന്നത് അതിന്റെ ശേഷം റസൂലുല്ലാഹി ഹുഫയെ ആയത്തിറങ്ങിയതിന്റെ ശേഷവും എന്ന് മനസ്സിലായപ്പോൾ അബ്ദുള്ളബിൻ അബ്ബാസ് റലിയുല്ലാഹുൻഹുമ ആ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയും തടവൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം ആയിഷർ അലി അള്ളാഹൊൻഹായും അലിയുള്ളും ഇവർ മൂന്ന് പേരും ഹുഫയ തടവൽ അനുവദനീയമാണ് എന്ന് പിന്നീട് പറഞ്ഞതായി വേറെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വഹാപത്തിൽ ആരും തന്നെ നില ആ ഹുഫയ തടവൽ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ എതിരഭിപ്രായക്കാരായി ഇല്ലാക്കും ഹുഫയെ തടവുക എന്ന വിഷയത്തിൽ വലിയ തർക്കങ്ങൾ പിൽക്കാലത്തും നിലനിന്നിട്ടുണ്ട് മുസ്ലിം ഉമ്മത്തിൽ അഖിലുസുന്നത്തി ഉൽ ജമാനത്തിന്റെ ഒലമാന്റെ ഇടയിലല്ല മറ്റ് ചില ആളുകൾ ഇതിലെതിരഭിപ്രായം പറഞ്ഞ ഒരു സംഭവം പലപ്പോഴായി പല കാലഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് അവരുടെ നിലപാടെന്തായിരുന്നു എന്ന് വെച്ചാൽ ഹുഫയെ തടവാൻ പാടില്ല അത് പാടില്ല എന്ന നിലപാടായിരുന്നു അതിനവർ മാനദണ്ഡമാക്കിയത് അവരുടെ വാദമുഖം എന്തായിരുന്നു എന്ന് വെച്ചാൽ അള്ളാഹു സുബാനുഹുല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒളുവെടുക്കുമ്പോൾ കാല് കഴുകണമെന്നാണ് ഇത് ഖുർആന്റെ കൽപ്പനയാണ് ഈ ഖുർആനിനെതിരാണ് ഹുഫയ തടവിയാൽ മതി എന്ന വാദം എന്ന് പറയുന്നത് അതുകൊണ്ട് ഖുർആനിനെതിരായി വരുന്ന ഹദീസിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന ചില വിദഗ്ധുകാരായ കക്ഷികളുടെ നിലപാടാണ് പിൽക്കാലത്ത് പലപ്പോഴായി ഉണ്ടായത് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും ഈ വിഷയത്തെ ഉണർത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാ എബുൻ അബ്ദുൽ ബറു തന്റെ എസ്ജിദ് കാറിൽ പറയാണ് സുന്നത്തിന്റെയും അഹലുൽ ഇടയിൽ വേറു പിരിച്ച ഒരു വലിയ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട് തടവുക എന്ന വിഷയമാണ് ിജുൻ അഞ്ചമാറ്റിൽ മുസ്ലിമിയിൽ മുസ്ലിം ഉമ്മത്ത് പൊതുവായി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എവിടെയും മുസ്ലിമീങ്ങൾ പൊതുവിൽ സ്വീകരിച്ചു വിശ്വാസ ആചാരങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന അവരാണ് മുഹുത്തതി എന്ന് പറഞ്ഞാൽ അവൻ അല്ലാതെ ആരും ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉള്ളവരായില്ല അതുകൊണ്ട് ഫാഹലുൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എല്ലാവരും ആ നിലക്ക് അനുവദനീയമാണ് എന്ന നിലപാട് സ്വീകരിച്ചവരാണ് എല്ലാ കൗമനിബുത്ത ചില മുബുത്തതീയങ്ങളായ ചില ആളുകളൊഴികെ ഫാങ്കർ ഉൽ മസ്ഹാൻ ഹുഫയ തടവൽ അവർ നിഷേധിച്ചു വക്കാലു അവർ പറഞ്ഞു അത് ഖുർആനിനെതിരാണ് അത് ഖുർആാനിനെതിരാണ് എന്നവർ പറഞ്ഞു ഏത് ഹുഫയ തടവുക എന്നത് ഇതൊരു വാസ്തവത്തിൽ ഈ ഒരു ഹുഫയ തടവുക എന്ന ഒരു വിഷയത്തിൽ ഫിഖിന്റെ ഒരു വിഷയത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല മറിച്ച് ഈ പറയുന്ന വാദം അപകടകരമായ ചില അടിസ്ഥാന നിലപാടുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാദമാണ് അള്ളാഹുവിന്റെ റസൂൽ വല്ലാഹു അലൈ വസ്ലമ തങ്ങളിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ നിലയിൽ ഒരു വസ്തുത ഒരു കാര്യം സ്ഥിരപ്പെടുകയും അതിനെ ചില ആളുകൾ ഖുർആാൻ മനസ്സിലാക്കിയപ്പോ അത് ഖുർആാനിനെതിരാണെന്ന് അവർ വാദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞില്ല എന്നോ ഖുർആാനിൽ പറഞ്ഞത് അവഗണിച്ചു എന്നോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അത് വാസ്തവത്തിൽ സിയോണിസ്റ്റുകളുടെ വാദമുഖങ്ങളാണ് മുസ്ലിമിയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളന്മാർ കടത്തിക്കൂട്ടുന്നതാണ് ഇതിന്റെ വാഹകരായി മാറുകയാണ് പലപ്പോഴും മുപുത്തദേവുകൾ ും മഹാന്മാരായ സഹാബത്തിനെയും അള്ളാഹുവിന്റെ റസൂലിനെ വരെ അവർക്ക് മനസ്സിലായതല്ല യഥാർത്ഥം തങ്ങൾക്കിപ്പോ മനസ്സിലായതാണ് യഥാർത്ഥം എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ചില വാദമുഖങ്ങൾ കൊണ്ടു നടക്കുക എന്നത് എക്കാലത്തും മുബുത്തതികൾ സ്വീകരിച്ചു പോകുന്ന ഒരു മാർഗമാണ് ഒരു നിലപാടാണ് അത് ഇവിടെയും ആവർത്തിക്കപ്പെടാണ് റസൂലുളായി അവർ പറഞ്ഞതെന്താ ഖുർആനി ബഹുമാനപ്പെട്ട ഇമാം എബിൻ അബ്ദുൽ ബറെന്നവർ പറയാം അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നു അള്ളാഹു കാക്കട്ടെ നമ്മളെല്ലാവരെയും കിതാബ് അള്ളാഹി ജാബിഹി അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്തു റസൂൽ കൊണ്ടുവന്നു അങ്ങനെ നമുക്കിത് കിട്ടി അവിടെ പഠിപ്പിച്ചു വന്നു ആ ഖുർആാനിന് റസൂൽ എതിരായി എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് വാദൻ സല്ലാസിലേയും അങ്ങയൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആാനിനെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവതരിപ്പിച്ചു തന്നു പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് വിശദീകരിച്ചത് അതിനെ അപ്രകാരം ഉൾക്കൊള്ളുക എന്നല്ലാതെ തങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഖുർആാനായി തങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് എതിരാണ് ഹദീസ് വാദം ഉയർത്തുകയും അതുവഴി ഹദീസിൽ സ്ഥിരപ്പെട്ട വസ്തുതകളെ തള്ളിപ്പറയാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് എക്കാലത്തും മുഹുത്തതികൾ സ്വീകരിച്ചു ഒരു വളഞ്ഞ നിലപാടാണ് ചില ആളുകളൊക്കെ ചില ഹദീസുകളൊക്കെ പറയാറുണ്ട് ഹദീസ് വന്നാൽ ഖുർആനിന്റെ മേൽ നിങ്ങൾ അതിനെ അറിവ് ചെയ്യണം പ്രദർശിപ്പിക്കണം അങ്ങനെ ഖുർആൻ അതിന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിച്ചു അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ ചുമരും മേൽ കളയുക ഒഴിവാക്കുക എന്നൊക്കെ റസൂറുല്ലായി പറഞ്ഞിട്ടുണ്ട് എന്ന ചില ആളുകളൊക്കെ മലയാളികളിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ പ്രസംഗിക്കാറുണ്ട് വാസ്തവത്തിൽ വളരെ അപകടകരമായ ഒരു വാദമാണ് ഒന്നാമത് അങ്ങനെ ഒരു ഹദീസ് ഇല്ല കള്ളം പറഞ്ഞുണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് വെക്കുക ഞങ്ങളൊരു ഹദീസാണ് സ്വീകരിച്ചു നോക്കുക ണല്ലോ ഒരു ഹദീസ് വന്ന ഖുർആാനെ അതിനോട് യോജിക്കണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ടാണ് ഹദീസിലുള്ളത് സ്വീകരിക്കണം എന്ന് പറയുന്നതും ഒരു ഹദീസിലാണല്ലോ ആ ഹദീസ് ഉണ്ടാക്കേണ്ടി വരും ആദ്യം ആ ഹദീസിൽ പറഞ്ഞത് ശരിയാണോ എന്ന് ആദ്യം ഖുർആആൻ പരിശോധിച്ചിട്ട് വേണ്ടി വരുമല്ലോ അപ്പൊ അതിങ്ങനെ തന്നെ അപകടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിനുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ഒരു ഹദീസൊന്നുമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുസ് ഒരു കാര്യം പറഞ്ഞാൽ അത് ആദ്യം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാകുന്ന അള്ളാഹുവിന്റെ റസൂലിനാണ് അവിടുന്ന് എങ്ങനെ അതിനെ പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചു തരുന്നത് അതാണ് യഥാർത്ഥ ഖുർആാൻ കാല് കഴുകണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ചില നിബന്ധനകൾക്ക് വിധേയമായി കാലിൽ ധരിച്ചിട്ടുള്ള ഹുഫയെ തടവിയാൽ മതി എന്നത് റസൂലുല്ലായി വിശദീകരിച്ച് തന്നതാണ് അതോ ആ വിശദീകരണത്തോടുകൂടി അംഗീകരിക്കലാണ് ഖുർആാനിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്നല്ലാതെ റസൂലുള്ള സല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റോ സ്ഥിരപ്പെട്ട വിശദീകരണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ നേരിട്ടൊരു ഖുർആാനിനെ അംഗീകരിക്കുന്ന ആളാവുക എന്നത് അത് ചേകന്നൂരിസമാണ് അത് വഹാബിസത്തിന്റെ മറ്റൊരു മുഖം എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ ഏതെങ്കിലും ആവട്ടെ ഇവടെ ഹുഫയെ തടവുക എന്നത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഈ ഹുഫയെ തടവാൻ ചില ഏതുണ്ട് നിബന്ധനകളുണ്ട് ചില ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾക്ക് വിധേയമായിക്കൊണ്ട് എന്തുണ്ടാവുള്ളൂ ഹുഫയെ തടവാൻ പാടുള്ളൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇളവ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഇളവ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു കാരണവും അതിന്റേതായ വളരെ കർശനമായ നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അവിടെ ഇളവുണ്ടാവുള്ളൂ അപ്പൊ ഉദാഹരണമായിട്ട് പൊതുവിലൊരു നിയമം വന്നു പ്രായം ചെന്ന ആളുകൾക്ക് ഒരു ഇളവതിൽ കൊടുക്കണമെങ്കിൽ അതിനതിന്റെ ഒരു കാരണം ഉണ്ടായിരിക്കും അതിൻ്റെതായ ഒരു ഒരു ഇളവുകൾ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അത് ഏതൊരു നിയമത്തിന്റെയും സ്വഭാവമാണ് അപ്രകാരം തന്നെ ഹുഫ ത തടവ് നടത്തും ഒരു ഇളവ് ഇവിടെ അള്ളാഹുത്താലനുവദിക്കുമ്പോ ആ ഇളവ് അനുവദിക്കണമെങ്കിൽ അതിന്റേതായ മതിയായ കാരണം അതിനുണ്ട് എന്ന കാര്യം തീർച്ചയാണ് ഇതിന് ഇതിന്റെ ഷർത്തുകളിൽ പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് ഈ ഹുഫ എന്ന് പറയുന്ന സാധനം ധരിച്ച് നടക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം അതായത് മനുഷ്യൻ നടക്കണമെങ്കിൽ അവന് കാലിൽ ധരിക്കാൻ എന്നെങ്കിലൊന്ന് വേണം അത് യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും കാലിൽ എട്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം വേണം അതിന് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു അത് പലതരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഷൂ ഉപയോഗിക്കുന്നു അങ്ങനെ പലതും നമ്മളൊന്ന് ഉപയോഗിച്ചു വരുന്നു മൊത്തത്തിൽ കാലിൽ ധരിച്ച് നടക്കാനൊരു സാധനം വേണം അഥവാ ധരിച്ച് നടക്കാൻ പറ്റുന്ന ഒന്ന് വേണം എന്നർത്ഥം ആ ധരിക്ക ആ ഒരു സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്ന സാധനം ആയിരുന്നു ഏത് ഹുഫ എന്ന് പറയുന്ന ഈ സാധനം റസൂൽല്ലാഹി സല്ലാഹു അലൈഹല തങ്ങളുടെ കാലഘട്ടത്ത് ധരിച്ചിരുന്ന റസൂൽല്ലാഹി ധരിച്ചു തടവി എന്നൊക്കെ പറയുന്ന ഈ ഹുഫ എന്ന് പറയുന്ന സാധനം അക്കാലത്ത് നിന്ന് നമ്മൾ ഷൂവിന്റെയോ ചെരുപ്പിന്റെയൊക്കെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ കാലിൽ ധരിച്ച് നടക്കാൻ പറ്റുക എന്ന സ്വഭാവം ഈ സാധനത്തിനുണ്ടാവണം അവിടെ മാത്രമേ ഇങ്ങനെ വിഷയം തന്നെ വരുന്നുള്ളൂ അവിടെ മാത്രമേ ഈ അത് അതായത് സാധനം ധരിച്ചാൽ പിന്നെ അത് ഒളിവെടുക്കുമ്പോഴൊക്കെ ഓരുകയും പിന്നെ ഒതുകൊടുത്ത് ഒതുകൊടുക്കുമ്പോ കഴുകി കാല് കഴുകി വീണ്ടും ധരിക്കുക പിന്നെ വീണ്ടും ഊരുക വീണ്ടും ധരിക്കുക എന്നതൊക്കെ വലിയ പ്രയാസകരമാണ് പ്രത്യേകിച്ച് യാത്ര വേളകളിലൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി അതിന്റെ നിബന്ധനകൾ ഒത്തിണങ്ങിയ ഹുഫയാണെങ്കിൽ നിബന്ധന പ്രകാരം ധരിച്ചതും തടവിയാൽ മതി എന്ന ഇളവ് കൊടുക്കുന്നത് കാലി ധരിച്ച് നടക്കേണ്ട ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ആ ആവശ്യം നിറവേറുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ണം അവിടെ ഈ ഹുഫ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇളവ് ഈ റുസ് അനുവദിക്കപ്പെടുക എന്നൊരു വിഷയം തന്നെ വരുന്നുള്ളൂ അതിനുപകരിക്കാത്തൊരു സാധനമാണെങ്കിൽ പിന്നെ അത് ധരിച്ചിട്ട് നടക്കുക എന്നൊരു വിഷയമല്ലല്ലോ വിഷയമുണ്ടെങ്കിലല്ലേ അത് ഓരാം പ്രയാസമാണ് എപ്പോഴും ഊരുക എന്നത് പ്രയാസകമാണ് പ്രയാസമാണ് അതുകൊണ്ട് അത് തടവിയാൽ മതി എന്ന അടുത്ത വിഷയം വരുന്നുള്ളൂ അതുകൊണ്ട് ആ സാധനം ഈ പറയുന്ന ആവശ്യത്തിന് പറ്റുന്നതായിരിക്കണം എന്നതാണ് പ്രധാനമായ ആദ്യത്തെ ഏത് ഒരു ഷർത്ത് മുത്താബാത്തിൽ മഷീന് പറ്റുന്നതായിരിക്കണം അത് ധരിച്ച് നടക്കാൻ പറ്റുന്നതായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ വിഷയം പിന്നെ ഞാനീ പറഞ്ഞ ഹരീഫ് മഹാന്മാരായ ബഹുമാനപ്പെട്ട ജരീർ ഗുൻ അബ്ദുല്ലാഹ് റദിയുള്ളൊന്നുവിനെത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഹദീസ് പണ്ഡിതന്മാർ വളരെ സന്തോഷത്തോടെ വളരെ മനസ്സമാധാനത്തോടെ സ്വീകരിച്ച ഒരു ഹദീസാണ് അതായത് ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷവും ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ സ്വഹാബത്തിന്റെ ആയത്തിറങ്ങിയതിന്റെ ശേഷവും ഹുഫയെ തടവിയിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുല്ലാഹിൻ അബ്ബാസ് റദിയുല്ലാഹൊന്നുമാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നീട് അത് ബോധ്യപ്പെട്ടു ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ച മനസ്സമാധാനം നൽകുന്ന ഒരു ഹദീഫാണ് ബഹുമാനപ്പെട്ട ജരീർ റദിയുല്ലാഹുന്നുവിന്റെ ഹദീഫ് അവർ പറഞ്ഞു എന്തെന്ന് ഈ ആയത്ത് ഇറങ്ങിയതിന്റെ കാല് കഴുകണമെന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഞാൻ മുസ്ലിമായിട്ടുള്ളത് തന്നെ അതുകൊണ്ട് അതിന്റെ ശേഷവും റസൂലുല്ലാഹി ആയത്തിറങ്ങിയതിന്റെ ശേഷവും റസൂൽല്ലാഹി തടവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ജരീർ റലിയുള്ളാഹൊന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാവുന്നു പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹുഫ ത അതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ഈ ഹുഫ ധ ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അത് മേൽ തടവാൻ പറ്റും അത് യാത്രക്കാരനാണെങ്കിലും പറ്റും യാത്രക്കാരൻ പറ്റും യാത്രക്കാരനാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഹുഫയെ തടവാൻ പറ്റും പക്ഷേ യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസവും ധരിച്ച് മൂന്ന് ദിവസം വരെ ആ ഹുഫ അഴിക്കാതെ ഒളുവെടുക്കുമ്പോഴൊക്കെ ഒളവ് മുറിഞ്ഞാലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതുമെ തടവിയിട്ട് മൂന്ന് ദിവസം തകയുന്നത് വരെ അങ്ങനെ കൊണ്ടു നടക്കാം യാത്രക്കാരനാണെങ്കിൽ യാത്രക്കാരനല്ല എങ്കിൽ ഒരു ദിവസം വരെ ഒളിവെടുത്ത് അതിന്റെ പൂർണ്ണ ശുദ്ധി അതിന്റെ പൂർണ്ണ നിബന്ധനകളോടുകൂടി ധരിച്ചാൽ ധരിച്ച സമയം മുതൽ അടുത്ത ദിവസത്തിൽ ആ സമയം വരുന്നത് വരെ ഒരു ദിവസം മുഴുവനും എന്ത് ചെയ്യാം അത് ധരിച്ചുകൊണ്ട് ഒളിവെടുക്കാം അതുമേൽ തടവിയാൽ മതി ഇങ്ങനെ യാത്രക്കാരന് മൂന്ന് ദിവസവും അല്ലാത്തവന് ഒരു ദിവസവും അനുവദിക്കപ്പെട്ടു മഹദി ആയിഷ്വർ അലി അല്ലാഹന്നായോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു സുറേഹബിൻ ഹാനി എന്നവർ പറയാണ് ഞാൻ ആയിഷ്വർ അലി അള്ളാഹൊന്നായയുടെ അടുത്ത് ചെന്നുകൊണ്ട് അസ്ലുഹാൻ അൽ മസ്ഹൽ ഹുഫൈനി ഹുഫയെ തടവുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു ചോദിക്കാൻ വേണ്ടി ചെന്നു പക്കാലത്ത് അവിടെ നിന്ന് ആയിഷലില്ലാഹന്ന എന്നോട് പറഞ്ഞു അലൈ കബിബിനെ പോയി ചോദിച്ചോ എന്ന് പറഞ്ഞു ആര് ആയിഷിബിൻ യുസാഫിറുമായാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്യാറുള്ളത് അലിയുബി അബി താലിബ് എന്നവരൊക്കെയാണ് ഞാൻ അങ്ങനെ യാത്രയിലുണ്ടാവില്ലല്ലോ അതുകൊണ്ട് യാത്രയിലാണ് അധികം ഇത് സാധാരണ സംഭവിക്കാറുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ചോദിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു അങ്ങനെ അലീബ് അബി താലിബ് അവരുടെ അടുത്തു ചോദിച്ചപ്പോൾ ഞങ്ങൾ തടവാൻസൻ മൂന്ന് ദിവസം ഇതാ സാഫർന ഞങ്ങൾ യാത്രക്കാരായാൽ വയവുമൻ ഒരു ദിവസം ഒരു രാത്രി ഒരു പകലും തടവൽ അനുവദിച്ചു ഇതാ കംന യാത്രക്കാരല്ലെങ്കിൽ അപ്പോ യാത്രയിലും അല്ലാത്തപ്പോഴും തടവാമെന്ന് യാത്രയിലും അല്ലാത്തപ്പോഴും തടവൽ അനുവദനീയ സമയവും എന്ത് ചെയ്തു അതിൽ അതെന്താണ് ഒരു ദിവസം ഒരു യാത്രക്കാരനല്ലെങ്കിലും മൂന്ന് ദിവസം യാത്രക്കാരനാണെങ്കിലും ഈ വിഷയത്തിൽ പല ഹദീസുകളും ഞാൻ വളരെ ചുരുക്കുകയാണ് ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ മറ്റു പല റിപ്പോർട്ടുകളിലായി വന്നിട്ടുണ്ട് ഈ ഒരു വക്ു നിശ്ചയിച്ചുകൊണ്ടുള്ള അനുവദിച്ച രൂപം മൊത്തത്തിൽ ഇങ്ങനെ ഒരു വകുത്തുണ്ട് യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസവും അല്ലാത്തവർക്ക് ഒരു ദിവസവും എന്നത് റസൂൽ തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്ന കാര്യം പല ദിവസങ്ങളിലായി സ്ഥിരപ്പെട്ട സഹാബത്തിൽ ചിലർക്കൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഹത്താബു അലി അള്ളാഹു അടക്കം അങ്ങനെ നിശ്ചിത കണക്കൊന്നുമില്ല എത്രയും തടവാമെന്ന നിലപാടുണ്ടായിരുന്നു എന്ന് മറ്റ് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് പക്ഷെ റസൂൽല്ലാഹി സല്ലാ വലൈഹസ്ലമ തങ്ങളിൽ നിന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് അതാണ് ഷാഫിമാവിനെ പോലെയുള്ള പണ്ഡിതൻ പ്രബലമാക്കിയിട്ടുള്ളത് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഹുഫയ തടവൽ അനുവദനീയമാണെങ്കിൽ അത് കാലിൽ ധരിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കണം എന്ന് നമ്മളിപ്പോ ആ നേരത്തെ നമ്മൾ വിശദമായി വിശദീകരിച്ചു ഇനി മറ്റൊരു ഷർത്ത് ഈ ഹുഫ ധരിക്കുമ്പോൾ എന്ത് ചെയ്യണം പൂർണ്ണശുദ്ധിയോടുകൂടെ ധരിച്ചിരിക്കണം പൂർണ്ണശുദ്ധിയോടുകൂടെ ധരിച്ചിരിക്കണം അതായത് ഒളുവെടുത്ത് പൂർണ്ണമായി ഒളുവെടുത്തതിന്റെ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഹുഫയെ ധരിക്കാൻ പാടുള്ളൂ ഹുഫ ധ ധരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ശുദ്ധി ഉണ്ടായിരിക്കണം അഥവാ പൂർണ്ണമായ ശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലത് കാലു കഴുകി എന്നിട്ട് അതിന്റെ ഹുഫ ധരിച്ചു എന്നിട്ടിടത് കാല് കഴുകി എന്നിട്ട് അതിന്റെ ഹുഫയും ധരിച്ചാൽ പാടില്ല അതുമൊ തടവാൻ പറ്റൂല കാരണം വലത് കാലിലെ ഹുഫ ധ ധരിക്കുമ്പോൾ ഇടത് കാലിന്റെ ശുദ്ധി വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഉതു പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉലു പൂർണ്ണമായി എടുത്തതിന്റെ ശേഷമേ ഹുഫ ധരിക്കാൻ പാടുള്ളൂ ഒന്ന് ധരിച്ചിട്ട് മറ്റുള്ളത് കഴുകിയിട്ട് പിന്നെ ധരിച്ചാൽ തടവാൻ പാടില്ല എന്നുറപ്പാണ് ഇത് പല ഹദീസുകളിലും ഈ ഒരു ഷർത്തു വരുന്നുണ്ട് ഈ ഒരു ഷർത്ത് വരുന്നുണ്ട് അതായത് مغيرت بن شعب رلي الله أنه وندت أنه مجدر حديث كنتم أن نبي صلى الله عليه وسلم في سفرين نان رسول الله صلى الله عليه وسلم تنقل <تصفيق> وربي مريات ري لائرنهم അങ്ങനെ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു മയക്കമാവൻ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു കുൽത്തുനാം ഉണ്ട് എന്ന് പറഞ്ഞു ഫനസലാൻ റാഹിലത്തില്ലേ രാത്രി കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി അവിടുന്ന് വാഹനത്തിൽ നിന്നിറങ്ങിപ്പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നതിന്റെ ശേഷം ഇതാവത്തി ആ പാത്രത്തിൽ നിന്ന് ഞാൻ റസൂർ ഉള്ളാഹിക്ക് കൊടുത്തു ഫവസലി രണ്ട് കൈ മുൻകൈ കഴുകി അജിഹു അവിടുത്തെ മുഖം കഴുകി ഒന്ന് കൊടുക്കുകയാണ് വാലേഹി ജുബത്തുമ്മൻ സൂഫിൻ സൂഫിനാലുള്ള ഏതെങ്കിലും ഒരു ജുബ ധരിച്ചിരുന്ന റസൂറുള്ള ഫലം യെസ്തീ യുഹുറിജ് ഇറാഹി മിൻഹ ആ ജുബയുടെ കൈ എന്ത് ഇങ്ങനെ കയറ്റാൻ നോക്കി കൈ ഇങ്ങനെ നീളമുള്ള കൈ ആകുമ്പോൾ അതിങ്ങനെ കയറ്റി വെച്ച് മുട്ടിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അപ്പൊ അതിന് സാധിച്ചില്ല കാരണം ഇതിന്റെ കൈ കുടുസായിരുന്നു അതുകൊണ്ടൊന്നിട്ട് കയറ്റാൻ സാധിച്ചില്ല ഹത്ത അഹ്റ ജഹ്മാമിൻ നസ്ഫലിൽ ജുബത്തി ജുബയുടെ ഉത്ഭാഗത്തുകൂടെ ഇതിങ്ങനെ ഊരിയെടുത്തു അപ്പം ഹുഫായി നിന്ന് കൈയിൽ നിന്ന് ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് റായിഹി രണ്ട് കൈ കഴുകി ഓ മസഹബിറസി അവിടുത്തെ തല തടവുകയും ചെയ്തു ഞാൻ ശ്രമിച്ചു ഞാൻ ഉദ്ദേശിച്ചു മുഖയിറത്ത് എന്ന് അവർ പറയാ ഞാൻ ഉദ്ദേശിച്ചു റസൂലുല്ലാഹുടെ ഹുഫ ഓരിക്കൊടുക്കാൻ വേണ്ടി ഹുഫ ധ ധരിച്ചിട്ടുണ്ടായിരുന്നു ഹുഫ ഓരിക്കൊടുത്ത് കാല് കഴുകിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു അത് ഓരിക്കൊടുക്കാൻ ഉദ്ദേശിച്ച പോൾഫകാല റസൂലുല്ലാഹി പറഞ്ഞത് ഹുമാ ഓരണ്ട ഓരേണ്ടതില്ലോഹിറ തൈനി ശുദ്ധിയുള്ള അവസ്ഥയിലാണ് എന്ത് ചെയ്തത് ഞാൻ അത് ധരിച്ചത് ഞാൻ അത് ധരിക്കുന്ന സമയത്ത് എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഊരേണ്ടതില്ല കഴുകൽ നിർബന്ധമില്ല തടവിയാൽ മതി അപ്പോ അപ്പോ എന്തായി ഇതിൽ നിന്ന് വ്യക്തമാണ് ഹുഫ തടവൽ അനുവദനീയമാണ് കാല് കഴുകൽ നിർബന്ധമില്ല പക്ഷേ ധരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പൊ മറ്റൊരു ഷർത്ത് ഇതിൽ നിന്ന് വരികയാണ് ഈ അർത്ഥത്തിൽ മറ്റു പല റിപ്പോർട്ടുകളുമുണ്ട് ചുരുക്കത്തിൽ കാലിൽ ധരിക്കുന്നതിന്റെ മുൻപായി പൂർണ്ണമായ ഒലുവെടുത്തിരിക്കണം ശുദ്ധിയുണ്ടായിരിക്കണം എങ്കിൽ എന്ത് ചെയ്യാം ധരിക്കാം തടവാം അതുപോലെ തന്നെ ഹുഫ കാലിൽ ധരിച്ച് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം ആയിരിക്കുകയും വേണം അതുപോലെ എങ്കിൽ യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസം അയക്കേണ്ടതില്ല അതുപോലെ യാത്രക്കാരനല്ലെങ്കിൽ ഒരു ദിവസവും അയക്കേണ്ടതില്ല അതുമേൽ തടവിയാൽ മതി എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടതില്ല ജനാപത്തൊഴികെ ഈ മൂന്ന് ദിവസത്തിനിടയിലോ അല്ലെങ്കിൽ യാത്രക്കാരനല്ലെങ്കിൽ ഒരു ദിവസത്തിനിടയിലോ ജനാപത്തുണ്ടായി കുളി നിർബന്ധമായാൽ പൊതുവല്ല കുളി നിർബന്ധമായാൽ അപ്പോ കുളിക്ക് കഴുകേണ്ടതിന് പകരം ഹുഫമ തടവിയാൽ മതിയാവുകയില്ല അവിടെ എന്ന് വേറെ ഹതിയത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒളൂമുറിഞ്ഞാൽ തടവിയാൽ മതി ഈ ദിവസങ്ങൾക്കിടയിൽ ജനാപത്തുണ്ടായാലോ ഓരി കഴുകുക തന്നെ വേണം അവിടെ തടവുക എന്ന ഇളവില്ല എന്ന് ചുരുക്കം അപ്പോ രണ്ടാമത്തെ ഷർത്താണ് ഏത് ധരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ശുദ്ധി ഉണ്ടായിരിക്കണം എന്നത് മറ്റൊരു ഷർത്താണ് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് അബൂബക്കറത്ത്ാഹുനത്തൊട്ട് انه صلى الله عليه وسلم رسول الله صلى الله عليه وسلم رخص للمسافر ياتر كارن الاو anuvadhichu molayali yunnna 3 divasam raavum pagalum walil muqeemi yatrkaran allathavan anuvadhichu yawam walayila tan oru pagal idha tafahara അവൻ ശുദ്ധി വരുത്തിയാൽ വലബിസഹുഫൈഹി അവന്റെ രണ്ട് ഹുഫയും ധരിച്ചാൽ അയം സഹാലഹി മാതുമൽ തടവൽ അനുവദനീയമാണ് എന്നെന്ത് ചെയ്തു റസൂലുള്ളായി അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഹുഫ ധ മുൻപ് ശുദ്ധി വരുത്തിയിരിക്കണമെന്ന കാര്യം അതിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ പല റിപ്പോർട്ടുകളും ആ വിഷയത്തിൽ വരുന്നുണ്ട് പിന്നെ കുഫയുടെ കഴു മയക്കുന്ന തരത്തിലുള്ള മറയുന്ന തരത്തിലുള്ള കുഫയായിരിക്കണം അതാണ് റസൂലായി തടവിയതും ധരിച്ചതും തടവിയതൊക്കെ അതായത് ഫറല് എന്ന് പറഞ്ഞാൽ കാലിൽ കഴുകൽ നിർബന്ധമായ സ്ഥലം കാലിൽ കഴുകൽ നിർബന്ധമായ സ്ഥലം പറയുന്നത് ഞെരിയാണി ഉൾപ്പെടെ ഞെരിയാണിയുടെ മുകളിലേക്ക് കഴുകൽ എന്തല്ല നിർബന്ധമില്ല അത് സുന്നത്താണ് ഫർലിന്റെ മഹല്ല് എന്ന് പറയുന്നത് ഞെരിയാണി ഉൾപ്പെടെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ സ്ഥലം മറയുന്ന തരത്തിലുള്ളതായിരിക്കണം ഈ ഹൊഫ് എന്ന് പറയുന്ന സാധനം ഇത് മറ്റൊരു ഷർത്താണ് ഈ തരത്തിലുള്ള ഷൂ ഇന്ന് പലർ നമ്മൾ കാണാറുണ്ട് ഇന്ന് സാധാരണ ധരിക്കുന്ന ഷൂ എന്ന് പറയുന്നത് ഞെരിയാണിക്ക് താഴെ നിൽക്കുന്നതാണ് കാൽപ്പടത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് അത് ഹൊഫയുടെ സ്ഥാനത്ത് വരില്ല അത് മടവാൻ പറ്റൂല പിന്നെ ചില ഷൂ കാലിന്റെ തണ്ടംകാലു വരെ കയറി നിൽക്കുന്നത് അതല്ലെങ്കിൽ അതിന്റെ താഴെ നിൽക്കും ഏതായാലും ഞെരിയാണിയുടെ മുകളിൽ നിൽക്കും ആ തരത്തിലുള്ള ഷൂ ആണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാത്തതും ധരിച്ച് നടക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് ഹുഫയുടെ സ്ഥാനത്താണ് അതുകൊണ്ടെന്താക്കാം അതുമേൽ തടവാ ഷർത്തുകൾ ഒത്തിണങ്ങണ എന്ന് മാത്രം ഹുഫക്ക് പറഞ്ഞ ഷർത്തുകൾ ഒത്തിണങ്ങിയാൽ അതുമേൽ എന്ത് ചെയ്യാം തടവൽ അനുവദനീയമാണ് അപ്പൊ ഞെരിയാണി മറക്കുന്ന ഞെരിയാണി ഉൾപ്പെടെ മറക്കുന്ന തരത്തിലുള്ള ഹുഫയായിരിക്കണം ഇതാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഹുഫയും അതും മേലാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ എന്ത് തടവി നമുക്ക് കാണിച്ചു തന്നതും ഇതെവിടെ വന്നു അത് വേറെ റിപ്പോർട്ടിൽ അംബാന ഷാഫിയോ കാല ഹലബിൻ സാലിമൻ നബീഹൻ നബി സലാഹു അലൈഹി വസ്ലം അബ്ദുല്ലാഹി ഒമറുല്ലാഹുനുമാ പറയാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ഫിൽ മുഹരിമി യഹറാം ചെയ്ത ആളെ സംബന്ധിച്ച് ഹജ്ജിനോ എമ്രക്കോ എഹ്റാം ചെയ്താൽ പിന്നെന്ത് ചെയ്യും ചിലതൊക്കെ ധരിക്കൽ പാടില്ലാതിരിക്കും ചുറ്റിത്തുന്നപ്പെട്ട സാധനം ഒന്നും പാടില്ല ധരിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ റസൂലുള്ളായി പറഞ്ഞു ലായൽ ബസു ഈ മൊഹരിമായാൽ യഹറാം ചെയ്താൽ ഹുഫ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മൊഹരിമായാൽ ഹുഫ ധരിക്കാൻ പാടില്ല ചെരുപ്പ് ഇല്ലാത്ത ആൾക്കൊഴികെ ചെരുപ്പില്ലാത്ത ആളാണ് ഹുംഹരിമാണ് പക്ഷെ ചെരുപ്പില്ല എങ്കിൽ അവൻ എന്ത് ചെയ്തോട്ടെ ഹുഫ ധ ധരിച്ചോട്ടെ പക്ഷെ എന്ത് ചെയ്യണം ഫൽ യുത്ത ആ ഹുഫയെ അവൻ മുറിക്കട്ടെ ഹത്ത യൂന അത് രണ്ടും ആവാൻ അസ്ഫലമിനിൽ കബൈനി രണ്ടും ഞരിയാനിക്ക് താഴെ ആവാൻ വേണ്ടി മുറിക്കട്ടെ എന്ന് പറഞ്ഞു അതായത് മൊഹരിമായാൽ ഹുഫ ധരിക്കാൻ പാടില്ല ഇഹ്റാമിന്റെ മൊഹറമാത്തിൽപ്പെട്ടതാണ് അത് അതുകൊണ്ട് മൊഹരിമാണെങ്കിൽ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ മൊഹരിമിച്ച് ചെരുപ്പില്ലാത്ത മൊഹരിമാണെങ്കിലോ ഒരു സാധു ആണെങ്കിലോ അപ്പൊ അവൻ എന്ത് ചെയ്തോട്ടെ ഹുഫ ധരിച്ചോട്ടെ പക്ഷെ എന്ത് ചെയ്യണം അവൻ മുറിക്കണം ഈ ഹുഫ മുറിക്കണം എവിടെ വെച്ചിട്ട് മുറിക്കണം ഞെരിയാണിക്ക് താഴെ വെച്ച് മുറിക്കണം എങ്കിൽ മൊഹരിമാണെങ്കിൽ അവൻ എന്ത് ചെയ്യാ ധരിക്കാം അപ്പോ മൊഹരിമായാൽ അവന് ഹുഫ ധരിക്കൽ അനുവദനീയമാണ് ഞെരിയാണിക്ക് താഴെ വെച്ച് എന്ത് ചെയ്താൽ മുറിച്ചാൽ ഇത് അതിന്റെ ഹുക്കുമായി അതിൽ നിന്ന് മറ്റൊരു ഹുക്കുമ്പോരാണ് ഹുഫ എന്ന് പറയുന്ന സാധനം എന്താണ് യഥാർത്ഥത്തിൽ അത് ഞെരിയാണിക്ക് മുകളിൽ നിൽക്കുന്ന സാധനമാണെന്ന് വന്നു ഹുഫ എന്ന് പറയുന്ന സാധനം ഞെരിയാണിക്ക് മുകളിൽ നിൽക്കുന്ന സാധനമായതുകൊണ്ടാണല്ലോ ഹുഫ ധരിക്കണമെങ്കിൽ മുഹരിമാവുമ്പോ ധരിക്കണമെങ്കിൽ താഴെ താഴെ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞത് ആ കാലത്ത് ഉപയോഗിക്കുന്ന ഹുഫ എന്ന് പറയുന്ന സാധനം അത് ഞെരിയാണിക്ക് താഴെ നിൽക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് നാം ധരിക്കുന്ന ഷൂ സാധാരണ ഷൂകൾ പോലെയുള്ള ഒരു ഹുഫയായിരുന്നെങ്കിൽ പിന്നെ മുറിക്കണമെന്ന് പറയേണ്ട ആവശ്യമല്ല അപ്പൊ മുഹരിമിനോട് നീ ചെയ്യണം ഞെരിയാണിക്ക് താഴെ വെച്ച് മുറിക്കണമെന്ന് ഹുഫയെ മുറിക്കണം എന്നിട്ട് ധരിച്ചോ എന്ന് പറയുമ്പോ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഹുഫ എന്ന് പറയുന്ന സാധനം ഏതാണ് ഞെരിയാണിക്ക് മുകളിൽ അഥവാ ഞെരിയാണി വരെ മറക്കുന്നതായിരുന്നു അഥവാ ഫർലിന്റെ മഹല് കഴുകൽ നിർബന്ധമായ മഹല് മറക്കുന്നതായിരുന്നു എന്ന് അതിൽ നിന്ന് വരുന്നു ആ ഹുഫമ്മരാണ് റസൂലുള്ളായി തടവിയിട്ടുള്ളത് ഞരിയാണിക്ക് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കഴുകൽ നിർബന്ധമായ സ്ഥലം മറച്ചു കളയുന്ന തരത്തിലുള്ള ഹുഫമ്മേൽ തടവിയും കൊണ്ടാണ് റസൂലുള്ളാഹി നമുക്ക് ഇളവ് കാണിച്ചു തന്നത് അപ്പോ കാല് കഴുകണമെന്ന നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെടുമ്പോ അത് എന്തിനെ തടവിയും കൊണ്ടാണ് റസൂലുല്ലാഹി ഇളവ് നമുക്ക് കാണിച്ചു തന്നത് എന്തിനെ തടവിയും കൊണ്ടാണ് മഹൽ ഫർലിന്റെ മഹല്ലിനെ കഴുകൽ നിർബന്ധമായരിയാണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ മറച്ചുകളയുന്ന തരത്തിലുള്ള ഹുഫ ധ ധരിച്ചു അതുമേൽ തടവീറ്റ് ഇളവാണ് നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് ഇളവുകളിൽ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടി വരും അതിന്റെ താഴെ നിൽക്കുന്ന ഹുഫയെ തടവീറ്റ് റസൂറുള്ള എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ഇളവ് കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് അതിന്റെ താഴെ നിൽക്കുന്നത് പറ്റില്ല തടവൽ അനുവദനീയമാണ് ആവണമെങ്കിൽ ഫറിന്റെ മഹൽ മുഴുവനും മറയുന്ന തരത്തിൽ എന്ന് ചുരുക്കം അപ്പൊ ആ ഷർത്തുകളൊക്കെ അതിൽ നിന്ന് വരുന്നു തുരുക്കത്തിൽ എന്തായി ഈ സാധനം ധരിച്ച് നടക്കാൻ പറ്റുന്നതായിരിക്കണം എങ്കിലല്ലേ അവിടെ അങ്ങനെ ധരിക്കണോ വേണ്ടയോ എന്ന വിഷയം തന്നെ വരുന്നുള്ളോ കാലിൽ ധരിക്കുക ആവശ്യം അതുകൊണ്ട് നടക്കണം അതുപോലെ ഇത് ധരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ ധരിച്ചിരിക്കണം അതുപോലെ ഈ സാധനം ഞെരിയാണി മുഴുവനും ഞെരിയാണി ഉൾപ്പെടെ മറക്കുന്ന മറയുന്ന തരത്തിലുള്ളതായിരിക്കണം അല്ലാതിരുന്നാൽ അവിടെ ഏതില്ല ഇളവ് അനുവദിക്കപ്പെടുകയില്ല അപ്പോ ഇളവ് അനുവദിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അസുൽ നിയമത്തിൽ ഇളവ് റൊഹ്സ അനുവദിക്കപ്പെടുക എന്നതിന് ചില നിബന്ധനകളും മാനദണ്ഡങ്ങളും ഉണ്ട് ആ നിബന്ധനകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി മാത്രമേ ആ റുസ അനുവദിക്കപ്പെടുകയുള്ളൂ ആ നിബന്ധനകളോ മാനദണ്ഡങ്ങളോ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവിടെ പിന്നെ അതില്ല ഇളവില്ല അക്കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് കാരണം എവിടെയും ഇളവ് അനുവദിക്കപ്പെടാം എന്ന് വന്നാൽ ഇങ്ങനെ പ്രത്യേകമായ നിബന്ധനകളോ ഷർത്തുകളൊന്നും ഇല്ലാതെ തന്നെ ഇളവാണെങ്കിൽ പിന്നെ അസുല് കാല് കഴുകണം എന്ന നിയമത്തിന് വല്ല വിലയുണ്ടാവൂ അല്ല പറ കാല് എന്നിട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്ത് ഹുഫെ തടവ എന്നാണെങ്കിൽ പിന്നെ കാലു കഴുകണം എന്ന നിയമം പിന്നെ ആർക്കുള്ളതാ അതില്ല അപ്പൊ ഹുഫ തടവയാൽ തടവൽ അനുവദനീയമാണെന്ന ഇളവ് അനുവദിക്കപ്പെടുന്നത് ഈ അസുൽ നിയമത്തിൽ നൽകപ്പെടുന്ന റുക്ഷ അനുവദിക്കപ്പെടുന്നത് ഈ പ്രത്യേകമായ നിബന്ധനകളോട് കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം മനസ്സിലാക്കിവെക്കുക അതുപോലെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഇതിന് പൊട്ടലും കീറലും ഉണ്ടായി കാല് ഒളിവാകുന്ന തരത്തിലുള്ളതാവാൻ പാടില്ല അതുപോലെ തന്നെ ഇത്മേൽ വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യരുത് തടവുന്ന വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ളതാവരുത് വളരെ നേരിയതാവാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഷർത്തുകളൊക്കെ അതൊക്കെ ഈ ഹുഫ ഏത് തരത്തിലുള്ള ഹുഫയാണോ റസൂലുള്ളി ധരിച്ചതും തടവിയതും കാണിച്ചു ആ ഒരു മാനദണ്ഡത്തിൽ നിന്നാണ് ഈ ഷർത്തുകളെല്ലാം വരുന്നത് ഏതായാലും ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനത്ത് തന്നെയാണോ ഇന്ന് നാം ധരിക്കുന്ന ഷൂ ഈ ആ സ്ഥാനത്ത് നിൽക്കുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് സാധാരണ ധരിക്കാറുള്ള ഷൂകളൊക്കെ ഈ പറഞ്ഞ നിബന്ധനകൾ ഏറെക്കുറെ ഒക്കെ ഒത്തിണങ്ങിയതാണെങ്കിലും ഫർലിന്റെ മഹല് മറയുന്നതല്ല അതൊക്കെ അധികവും ഞെരിയാണിക്ക് താഴെ നിൽക്കുന്നതാണ് ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന തരത്തിലുള്ള ഷൂകളല്ല അതുകൊണ്ട് ആ ഹുഫയുടെ സ്ഥാനത്ത് ഇത് നിൽക്കുകയില്ല ഒന്ന് എന്നാൽ ആ തരത്തിലുള്ള ഷൂ ഉണ്ട് ചില പോലീസുകാരൊക്കെ ഇടുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കളക്കാൻ പറഞ്ഞ ആൾക്കാരെ കാണാം വലിയൊരു ഷൂ കാലിന്റെ തന്തയിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന അത്തരം ഷൂകളാണെങ്കിലോ ഈ പറഞ്ഞ നിബന്ധനകൾ ഒത്തിണങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അതുമെ തടവൽ അനുവദനീയവും ആണ് ഹുഫയുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യും എന്നാൽ ഈ ഹുഫന്റെ സ്ഥാനത്ത് തന്നെയാണോ ഇന്ന് നാം ധരിക്കുന്ന സോക്സ് എന്ന് പറയുന്ന സാധനം ശീല കൊണ്ടുണ്ടാക്കപ്പെടുന്ന ഷൂവിന്റെ അടിയിൽ കാലിന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ധരിക്കാറുള്ള സോക്സ് എന്ന് പറയുന്ന സാധനം അത് ഈ പറയപ്പെടുന്ന ഹുഫയുടെ സ്ഥാനത്താണോ ഹുഫയുടെ സ്ഥാനത്താണോ എന്ന് ചോദിച്ചാൽ ഹുഫയോട് ക്യാസാക്കിയും കൊണ്ട് ഹുഫക്കുള്ള ആ ഇളവ് സോക്സിന് അനുവദിക്കാൻ പറ്റുമോ ഇല്ലയോ അതല്ല ജൗറബേനി അഥവാ ഈ സോക്സുമ്മ തടവുക എന്ന് ഹദീഫിൽ തന്നെ വന്നിട്ടുണ്ടോ ഹദീസിൽ തന്നെ അതിന് തെളിവുണ്ടോ എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് പ്രാഥമികമായി മുഖവുരയായി മനസ്സിലാക്കി വെക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം ഇനി നമ്മളിവിടെ പറയുന്നത് ജൗറബൈനിമ്മ തടവുക എന്ന വിഷയമാണ് ജൗറബൈനി ജൗറബൈനി എന്ന് പറഞ്ഞാൽ കാലിൽ അക്കാലത്ത് സാധാരണ ധരിക്കുന്ന ചെറുപ്പുകളെ പോലെ ധരിച്ചിരുന്ന ഒരു സാധനമാണ് ഏത് ഹുഫ് എന്ന് പറയുന്ന സാധനം എന്ന് നമ്മൾ പറഞ്ഞു ഈ ഹുഫ് ധരിക്കുമ്പോ കാലിന്റെ സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കാലിന്റെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് ധരിക്കുന്ന മറ്റൊരു സാധനമാണ് ഏത് ഈ ജൗറബൈനി എന്ന് പറഞ്ഞ ജൗറബ് എന്ന് പറയുന്ന സാധനം രണ്ട് കാലിലും ധരിക്കുന്നത് കൊണ്ട് ജൗറബൈനി ഈ സാധനം ധരിച്ചിട്ട് അതിന്റെ മേൽ എന്ത് ചെയ്യും ചിലപ്പോൾ ഹുഫ ധ ധരിച്ചുകൊണ്ട് നടക്കാൻ സൗകര്യമുണ്ടാവും നമ്മൾ സാധാരണ ഷൂ ധരിക്കുന്നതിന്റെ മുൻപായിട്ട് സോക്സ് ധരിച്ചിട്ട് നടക്കുന്നത് എന്തിനാ ആ ഷൂ ധരിക്കാനൊരു സുഖം നടക്കാൻ സുഖം കിട്ടാനാണ് കാലിന് വശമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട എന്നതുപോലെ ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹുഫയുടെ അടിയിൽ ധരിക്കുന്ന ഒരു സാധനമാണ് ചിലപ്പോൾ എന്ത് ചെയ്യാം ഹുഫ ഇല്ലാതെയും ധരിക്കാൻ പറ്റും ആ അക്കാലത്തുള്ള ജൗറവ് സ്തോലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കപ്പെടുന്ന വസ്തുക്കളായിരുന്നു ഈ ഹദീഫ് ഈ പറയുന്ന ജൗറബേനി ജൗറബേനി എന്ന് പറയുന്ന സാധനം ഈ വിഷയത്തിൽ ഹുഫയോട് ക്യാസാക്കാൻ ഏതെങ്കിലും പറ്റില്ല ഹുഫയോട് ക്രിയാസ് താരതമ്യപ്പെടുത്തിയും കൊണ്ട് ഹുഫക്ക് വന്ന നിയമം ഇന്ന് നാം ധരിക്കുന്ന സോക്സിന് ബാധകമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല ക്രിയാസിന് ക്യാസിനെന്നുണ്ട് അതിൻ്റെതായ ചില ഏതുണ്ട് മാനദണ്ഡങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് അതിവിടെ ഒത്തിണങ്ങുകയില്ല ഹുഫയുടെ സ്ഥാനത്ത് ഇന്ന് നാം ധരിക്കുന്ന ജൗറബേനി പറ്റുകയില്ല കാരണം ഉറപ്പാണ് ഹുഫയുടെ ഉറപ്പതിന് കിട്ടില്ല ആ സാധനം ഒരു നിലക്കും അതിന്റെ ഷർത്തുകൾ ഒത്തുണങ്ങുകയില്ല ചിലപ്പോൾ ഫർല് മറയി ഫറിന്റെ മഹലിൽ മറയും എന്ന് തൊഴിച്ചാൽ അത് ധരിച്ച് നടക്കാൻ പറ്റില്ല അതുപോലെ അതുപോലെ വെള്ളമായാൽ ഉള്ളിലേക്ക് ഇറങ്ങും തുടങ്ങിയുള്ള പല കുഴപ്പങ്ങളും പല കുറവുകളും അതിനുണ്ട് അതുകൊണ്ട് ഹുഫയുടെ സ്ഥാനത്താണ് ഈ സാധനമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ആരും പറയുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ സോക്സ് മാത്രം ധരിച്ച് നിർത്താത്തത് സോക്സ് മാത്രം ധരിച്ചാൽ തന്നെ ഹുഫയുടെ സ്ഥാനത്ത് നിൽക്കുന്നു നിൽക്കുമെന്നാണെങ്കിൽ എങ്കിൽ പിന്നെ സോക്സ് മാത്രം ധരിച്ചാൽ മതി അതിന്റെ മേലെ ഷൂടുണ്ടല്ലോ നമ്മൾ സോക്സ് ധരിച്ചിട്ട് അതിന്റെ മേൽ ഷൂ ധരിക്കുന്നതിന്റെ അർത്ഥം എന്താ ഈ സൂ ഷൂ ധരിക്കുന്നതിന്റെ സ്ഥാനത്ത് സാധനം നിൽക്കൂല എങ്കിൽ പിന്നെ ഹുഫയുടെ സ്ഥാനത്ത് നിൽക്കൂല അതുകൊണ്ട് ഹുഫയെ പോലെയാണ് സോക്സ് എന്നാരും പറയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഹുഫയോട് ക്യാസാക്കാൻ പറ്റില്ല എന്നാ പിന്നെ ജൗറബൈനിമ്മ തടവിയതായി വേറെ ഹദീഫിൽ വന്നിട്ടുണ്ടോ എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത് ഈ വിഷയത്തിൽ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള പലരും പറയാറുള്ള ഒരു ഹദീസുണ്ട് ആ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റലിയുല്ലാഹനോ ഇമാം തുർമുദി റലിയുള്ളാഹനോ ഇമാം എബിനു മാജ അതുപോലെ ഇബിൻ ഹെബ്ബാൻ എ അബൂദാവൂദ് ഇമാം നസായി തുടങ്ങിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസിൽ മുഗീറത്ത് ബുൻ ഷോബർ അലി അള്ളാഹുനുവിനെ റിപ്പോർട്ടാണ് അന്നൻ നബി സാഹു അലഹി വസ്ല്ലം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മസഹ അല ജൗറബൈ അവിടുത്തെ രണ്ട് ജൌറബൈനിമ്മ തടവി രണ്ട് നാലൈനിമ്മലും തടവി ചെരുപ്പമ്മലും തടവി ഈ ജൗറബൈനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കുഫയുടെ അടിയിൽ ധരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു സാധനമാണ് ഏത് ജൗറബ് എന്ന് പറയുന്നത് എന്നാൽ ആ സ്ഥാനത്ത് അന്ന് ധരിച്ചിരുന്ന ജൗറബൈനി ഏതാവശ്യത്തിന് വേണ്ടി ധരിച്ചിരുന്നോ ആ ജൗറബൈനി പിൽക്കാലത്ത് പല രൂപങ്ങളിലായി രൂപാന്തരപ്പെട്ടു പല വസ്തുക്കളെ കൊണ്ടും ഈ സോക്സ് എന്ന് പറയുന്ന ജൗറബേനി എന്ന് പറയുന്ന സാധനം നിർമ്മിക്കപ്പെട്ടു അതങ്ങനെ പല കാലഘട്ടങ്ങളിൽ കോലം തിരിഞ്ഞു മാറി മറിഞ്ഞു ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ തുണിക്കഷ്ണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു നിർമ്മിക്കപ്പെടുന്നു ജൗറബേനി എന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സോക്സുകൾക്കും പറയുക പക്ഷേ അക്കാലത്തുള്ള ജൗറബേനികളല്ല ഇക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അക്കാലത്തുള്ള ജോറബേനി തോലുകൊണ്ടും മറ്റുമുണ്ടാക്കപ്പെടുന്നതാണ് ആ തരത്തിലുള്ള ജൗറബേനിയാണ് ഹദീഫിൽ പറഞ്ഞിട്ടുള്ളത് ജൗറബൈനി ആ ജൗറബൈനി ഒന്ന് വേറെ അത് പിൽക്കാലത്ത് പല രൂപത്തിലും പല വസ്തുക്കളെ കൊണ്ടും ഉണ്ടാക്കപ്പെട്ടു ഇക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് തുണിക്കഷ്ണം കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ജൗറബേനി അല്ല ഹദീസില പറയുന്നു റസൂലുള്ള തടവി എന്ന് പോയി ഹദീസിൽ പറഞ്ഞ മുഹൈറത്തുവിന് ഷോബർ അല്ലിഹുനുവിന്റെ ഹദീസിൽ പറഞ്ഞ ഈ ജൗറബേനി അല്ല നമ്മൾ ഇക്കാലത്ത് ഉപയോഗിക്കുന്ന ജൗറബേനി അത് രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ജൗറബേനി തന്നെയായിരുന്നു എന്ന് നാം ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ സാധ്യമല്ല അതൊരു വിഷയം ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഏതുപോലെ അക്കാലത്ത് ഷൂ സ്ഥാനത്താണ് ഏത് ധരിച്ചിരുന്നത് ഹുഫ് ധരിച്ചിരുന്നത് ആ ഹുഫ് ധരിക്കുമ്പോ ആ ഹുഫയുടെ സ്ഥാനത്തുള്ള അതേ രൂപം തന്നെയാണോ എന്ന് നാം ധരിക്കുന്ന ഷൂ അധികവും അല്ല അതുകൊണ്ട് ആ ഹുഫക്ക് പറഞ്ഞ ഹുഫമ്മെ തടവിയെന്ന് പ്രഗത്ഭരായ സഹാബിമാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ആ നിയമം ഇന്ന് നാം ധരിക്കുന്ന ഒരുവിധം ഷൂകൾക്കൊന്നും ബാധകമേ അല്ല എന്നാൽ ആ നിബന്ധനകളൊക്കെ ഒത്തിണങ്ങുന്ന തരത്തിലുള്ള ഷൂ ഉണ്ടോ അത് ധരിക്കാം അതുപോലെ തന്നെ ജൗറബൈനിമ്മ തടവി എന്ന് പറഞ്ഞ ഹജീഫിൽ നബിസല്ലാഹു അലൈവ് വസല്മ്മ തങ്ങൾ തടവിയ ജൗറബേനി ഏതായിരുന്നോ അതല്ല എന്ന് നാം ഉപയോഗിക്കുന്ന ജൗറബേനി അത് സാധനം തന്നെ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ആ പറയുന്ന സാധനം ആയിരുന്നു തന്നെ ആ പറയുന്ന ജൗറബേനിക്കുള്ള ഷർത്തുകളൊക്കെ ഒത്തിണങ്ങുന്ന തരത്തിലുള്ള ജൗറബേനിയാണ് എന്ന് നാം ഉപയോഗിക്കുന്നത് അതിനെ നിയമം ബാധകമാണ് തടവൽ അനുവദനീയമാണ് അതില്ലാതിരുന്നാൽ ഒരിക്കലും അന്ന് ചോറബൈനി തടവിയിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ന് നാം ഉപയോഗിക്കുന്ന ചോറബൈനിക്കും അല്ലെങ്കിൽ ഈ രണ്ട് സോസുകൾക്കും എന്ത് ചെയ്യാൻ പാടില്ല ഈ നിയമം ബാധകമാവാൻ പാടില്ല പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഷൂ അത് അതുപോലെ ചില പോലീസുകാർ ഉപയോഗിക്കുന്ന ഷൂ അതുപോലെ കളക്കാവരുന്ന ആളുകൾക്ക് ധരിക്കാറുണ്ട് ഈ തണ്ടമ്മേക്ക് ഇങ്ങനെ കാര്യം നിൽക്കുന്ന അതുപോലെ അച്ഛാൽ ഈ പറഞ്ഞ ഹുഫയുടെ ഷർത്തുകളൊക്കെ ഒത്തിണങ്ങിയ നേരത്തെ പറഞ്ഞാൽ അത് നടക്കാൻ പറ്റുന്ന സാധനായിരിക്കും അതിനുള്ള ഉറപ്പതിലുണ്ടായിരിക്കണം അതുപോലെ ഫറലിന്റെ മഹലിലൊക്കെ മറയുന്നതായിരിക്കണം വെള്ളം കടക്കാത്തതും കാല് പുറത്ത് കാണാത്തതുമായിരിക്കണം കാലിന്റെ ഫറൽറെ മഹല് പുറത്ത് കാണാത്തതായിരിക്കണം അതുപോലെ ഏത് ചെയ്യണം പൂർണ്ണശുദ്ധിയോടുകൂടെ ധരിക്കണം അത് പട്ടാൾക്കാർ ധരിക്കുന്ന ഷൂകളൊക്കെ വേണമെങ്കിൽ ഒരു പരിധിവരെ അതിൽ പെടുന്നതാണ് പക്ഷെ വെള്ളം താല് വെള്ളം തട്ടിയാലെന്ത് ചെയ്ത് ഉള്ളിലേക്ക് കടക്കുന്ന തരത്തിലുള്ളതാവരുത് എന്ന് മാത്രം തുന്നൽ കാരണമായിട്ടോ ദ്വാരം കാരണമായിട്ടോ ഒക്കെ ഒന്നും കടക്കുന്നതാവരുത് എന്ന് മാത്രം ഏതെങ്കിലും ആവട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സോക്സിന്റെ വിഷയത്തിൽ വന്ന ഹദീസ് ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഹദീസിൽ പറഞ്ഞ ജൗറബേനി എന്ന് പറയുന്ന സാധനം എന്ന് നാം ഉപയോഗിക്കുന്ന ജൗറബേനി അല്ല അത് അന്നുപയോഗിച്ചിരുന്നൊരു സാധനമുണ്ട് ഇന്ന് നാം ഉപയോഗിക്കുന്ന സോക്സിന്റെ സ്ഥാനത്ത് അന്ന് ഉപയോഗിച്ചിരുന്നൊരു സാധനമുണ്ട് അതാണ് അതുമിൽ തടവി എന്നാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ആ സാധനമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് സാധനം പല രൂപത്തിൽ പല വസ്തുക്കളെ രൂപാന്തരപ്പെട്ടു ഇന്ന് തുണി കഷ്ണങ്ങളെ ഉണ്ടാക്കപ്പെടുന്നതാണ് അത് ആ ജോറബേനിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതല്ല അതേസമയം ആ നിലക്കുള്ള ജോറബേനിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അന്ന് റസൂലല്ലാഹി ധരിച്ച ഹുഫൈനിയുടെ സ്ഥാനത്തും ജൌറബേനിയുടെ സ്ഥാനത്തും നിൽക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സോക്സുകൾ ഇന്ന് നിലവിൽ വന്നാൽ അതുമേലെന്ത് ചെയ്യാം തടവുന്നതുകൊണ്ട് വിരോധവുമില്ല ഇതാണ് പ്രധാനമായി ഷാഫി മധുഹബിലെ പ്രബലമായ നിലപാട് അതെന്താണെന്ന് വെച്ചാൽ ജൌറബേനിമ്മ തടവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഷാഫി മധുബിലെ പ്രബലമായ നിലപാടെന്താണെന്ന് വെച്ചാൽ അത് വസ്സഹൈഹു ഇമാം നവീർഹുൽ പറയാ വസ്സഹൈ ബലി സവാബുൽ പ്രധാനികളായ മഹാൻമാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ സഹീ എന്താണെന്ന് വെച്ചാൽ അന്നഹു ഇൻ അംകന മുതാബത്തുൽ മഷീ അലൈഹി ഈ സോക്സ് ധരിച്ച് നടക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതു ധരിച്ച് നടന്നാൽ ഇതിന് കേടൊന്നും സംഭവിക്കില്ല അത്രയും ഉറപ്പും കട്ടിയുമുള്ള സാധനമാണെങ്കിൽ തോൽ കൊണ്ടുണ്ടാക്കപ്പെട്ടതോ ഷൂ പോലെ തന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയുള്ള നമ്മൾ ചെരുപ്പൊക്കെ അതുപോലെയുള്ള റബ്ബർ പോലെയുള്ള പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടാക്കപ്പെടുന്ന പൊട്ടിയുള്ളതും നേരത്തെ പറഞ്ഞ കുഫക്കുള്ളതായ ഷർപ്പുകളൊക്കെ ഒത്തിണങ്ങിയതും അത് ധരിച്ച് നടന്നാൽ പൊട്ടുകയില്ല കീറുകയില്ല ധരിച്ച് നടക്കാൻ പറ്റുന്ന ഉറപ്പുള്ള സാധനമാണെങ്കിൽ അതിന് സോക്സ് എന്ന് പേര് പറഞ്ഞാലും അല്ലാതിരുന്നാലും ഈ നംകന മുതാബത്തുൽ മഷി അലൈഹി അത് ധരിച്ച് നടക്കാൻ പറ്റും എന്ന് വെച്ചാൽ നടന്നാൽ ആ സാധനം പൊട്ടി കീറില്ല ഉറപ്പുണ്ട് അതെല്ലാം നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ളതാണെങ്കിൽ ജാസ അതുമേൽ തടവൽ അനുവദനീയമാണ് കൈഫ കാന അതിന്റെ കോലം ഏതാണെങ്കിലും അതായത് ഈ സാധനം തന്നെ കട്ടിയുള്ളതാവുക തോൽ പേരിലോ മറ്റോ കട്ടിയുള്ള സോക്സാവുക അതല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്ത് തോല് പോലെയുള്ള എന്തെങ്കിലും വെച്ച് തുന്നിപ്പിടിപ്പിച്ചതായിരിക്കുക അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്ത് ചെരുപ്പ് പോലെ ചെരുപ്പുണ്ടാക്കുന്ന റബ്ബർ പോലെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ വെച്ച് തുന്നിപ്പിടിപ്പിച്ചതോ ഒക്കെയാണെങ്കിൽ ധരിച്ച് നടക്കുന്നതിന് യാതൊരു തകരാറുമില്ലാത്ത പൊട്ടിക്കീറാത്ത സാധനം ആ ഹുഫന്റെ ഷർത്തുകളൊക്കെ ഒത്തിണങ്ങിയതാണെങ്കിൽ അതും മേലും തടവൽ അനുവദനീയമാണ് അതില്ലാതിരുന്നാൽ ഹുഫക്ക് പറഞ്ഞ നിയമം ഇതിന് ബാധകമല്ല എന്നതാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ന് നാം ധരിച്ച് നടക്കുന്ന ഷോവിന്റെ ഉള്ളിൽ ധരിക്കുന്ന ഷീല കൊണ്ടുണ്ടാക്കപ്പെട്ട സോക്സിന് ഈ പറഞ്ഞ ഷർത്തുകൾ ഇല്ല അത് ധരിച്ചാൽ കുറച്ചൊക്കെ നടക്കാൻ പറ്റും അപ്പോഴൊക്കെ ചെയ്യും അത് പൊട്ടിക്കീറുന്നതാണ് അതുകൊണ്ട് ഷൂവിന്റെ സ്ഥാനത്ത് ഈ സോക്സ് നിൽക്കും ചെരുപ്പിന്റെ സ്ഥാനത്ത് ഈ സോക്സ് നിൽക്കും എന്ന് ആരും പറയുന്നില്ല ആരും അങ്ങനെ പറയൂല്ല പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ പിന്നെ സോക്സ് ധരിച്ചിട്ട് പിന്നെ ഷൂ ധരിക്കേണ്ട ഇല്ലല്ലോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് സോക്ഷ ധരിച്ചിട്ട് അതിന്റെ മേലെന്ത് ചെയ്യും ഷൂ ധരിക്കും അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കും അതിന്റെ അർത്ഥം എന്താ എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു ഷൂവിന്റെ സ്ഥാനത്തും സോക്ഷന്റെ സ്ഥാനത്തും നിൽക്കൂല So, so ൂ ധരിച്ച് നടക്കുന്നത് പോലെ ചെരുപ്പ് ധരിച്ച് നടക്കുന്നത് പോലെ ഈ സാധനം ധരിച്ച് നടക്കാൻ പറ്റൂലോ അത് ഒട്ടിക്കേറിപ്പോകും എന്നാണല്ലോ അതിന്റെ അർത്ഥം എങ്കിൽ സോക്സിന്റെ സ്ഥാനത്തും ഷൂ സ്ഥാനത്തും ഉപയോഗിക്കാൻ ഈ ഷൂവിന്റെ സ്ഥാനത്തും ചെരുപ്പിന്റെ സ്ഥാനത്തും ഈ സോക്സിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പ്രവൃത്തിയിലൂടെ സമ്മതിക്കുന്നുവെങ്കിൽ ഒരിക്കലും ആ ഷൂവിനും മറ്റും പറയപ്പെടുന്ന അല്ലെങ്കിൽ ഹുഫക്ക് പറയപ്പെടുന്ന ധരിച്ച് നടക്കാൻ പറ്റുന്ന ഷൂവിനും ഹുഫ പറയപ്പെടുന്ന ഈ റുഹ്സ ഈ തടവിയാൽ മതി എന്ന ഇളവ് സോക്സിന് ബാധകമാക്കണം എന്ന് പറയുന്നത് വിചിത്രാണ് അത് അൽപ്പബുദ്ധിയാണ് സോക്സ് ഒരിക്കലും ഹുഫന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല സോക്സ് ഒരിക്കലും രണ്ട് ഷൂവിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല ചെരുപ്പിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു അതുകൊണ്ടാണ് എല്ലാവരും സോക്സ് മാത്രം ധരിച്ചിട്ട് യാത്ര തുടരാത്തത് എല്ലാവരും സോക്സ് ധരിച്ചതിന്റെ മേലെ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് പോലെയുള്ള ഒക്കെ ധരിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് നിൽക്കൂല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുവെങ്കിൽ ആ സോക്സ് ആ ഷൂവിനും അല്ലെങ്കിൽ ഹുഫക്ക് പറയപ്പെടുന്ന ആ ഷർത്തുകൾ ഒത്തിണങ്ങിയ ഷൂവിനൊക്കെ പറയപ്പെടുന്ന നിയമം അത് ഈ സോക്സിന് ബാധകമാക്കണമെന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ് ഒരിക്കലും അത് സാധ്യമല്ല എന്നാൽ ഒരു സോക്സ് ഈ പറയുന്ന തരത്തിലുള്ള നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിയതാണെങ്കിൽ കാലിൽ ധരിച്ച് നടക്കാൻ പറ്റുന്നതാണ് പൊട്ടിക്കീറാത്ത തരത്തിലുള്ള ഉറപ്പുള്ളതൊക്കെയാണെങ്കിൽ ഈ ഷർത്തുകൾക്ക് ഒത്തിനങ്ങിയാൽ പറ്റും വിരോധമില്ല സാധാരണ ഉപയോഗിക്കുന്ന ചില ആളുകളൊക്കെ ഒതു തടവി കാണാറുള്ള സോക്സ് ആ ഗ്രഹത്തിൽ പെടുന്നതല്ല അത് കുറച്ച് നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും കീറിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് ആ പറഞ്ഞ ഷർത്തുകൾ അതിനൊത്തിണങ്ങാത്തതുകൊണ്ട് അവിടെ ഇളവ് ബാധകമല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും പണ്ഡിത ലോകത്തില്ല സോക്സമ്മ തടവൽ അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലും ചില കിതാബുകളിലും ഒക്കെ കാണുന്നത് പ്രത്യേകിച്ച് അനഫിമതെ കിതാബുകളിൽ കാണുന്നത് അതിനൊക്കെയും ഈ ഷർത്തു ബാധകമാണ് ഈ ഷർത്തുവാതകമാണ് ഹനഫി മധുബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും മക്കാരും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ നിലക്ക് ധരിച്ച് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉറപ്പുള്ളതോ അടിയിൽ തോലുകൊണ്ട് തുന്നിപ്പിടിപ്പിക്കപ്പെട്ടതോ ഈ നിലക്ക് ആ സ്ഥാനത്ത് നിൽക്കുന്ന സോക്സിനെ സംബന്ധിച്ചാണ് ചില പണ്ഡിതന്മാർ അനുവദനീയമാണെന്ന് മറ്റ് മധുഹബുകൾ പറഞ്ഞിട്ടുള്ളത് ആ ഷർത്തുകൾ ഒത്തിണങ്ങിയാൽ അനുവദനീയമാണ് എന്നത് തന്നെയാണ് ഷാഫി മധുഹബിലെയും പ്രബലമായ നിലപാട് അതുകൊണ്ട് അങ്ങ ഷർത്തുകളൊക്കെ ഒത്തിണങ്ങിയാൽ തന്നെ ഈ ഹുഫന്റെ സ്ഥാനത്ത് സോക്സിനെ തടവാൻ പറ്റോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് ആ ഷർത്തുകൾ ഇല്ലാത്ത സോക്സ് തടവാമെന്ന് പണ്ഡിത ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും നിലപാട് ഇത് അത് മഹാന്മാരായ ഹനഫി മധഹബിന്റെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഇപ്പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ചാണ് ഇവിടെ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട് സഹിയായ ഹദീസിൽ റസൂലുള്ള സോക്ഷ്മ തടവിയതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷ്മ തടവി ഒതുകൊടുക്കാം എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഹദീസ് ബഹുമാനപ്പെട്ടേ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു മറ്റു പല ഹദി പണ്ഡിതന്മാർ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു അതായത് ആ മുബൈറത്തുബിൻ ശോബർ റജിയുള്ള നബുബുവിന്റെ ഹദീസ് മസഹ റസൂർ ഉള്ളഹി അലൈഹി വസ്ലം തടവി അല്ലെ ജോറബൈഹി അല്ലെ ആ ജവറബൈഹി അവിടുത്തെ രണ്ട് ജൌറബേനി തടവി ജൗറബേനിന്ന് പറഞ്ഞാൽ ഇന്ന് നാം സോക്സിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം തോലുകൊണ്ടും മറ്റുമുണ്ടാക്കപ്പെടുന്നു വൻ ആലേഹി രണ്ടു ചെരുപ്പിന് മേലും തടവിയും ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ജോറബേനി ഏതാണ് എന്നാണ് നാം ഇപ്പോ ഇവ വിശദീകരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ നിലപാട് നിലവാരം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് തെളിവാക്കാൻ പറ്റുമോ എന്നത് ആദ്യം പരിശോധിക്കണമല്ലോ എന്നിട്ടല്ലേ ബാക്കി കാര്യം അത് ഇവിടെ സഹയായ ഹദീസാണ് ഈ ഹദീസ് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് സഹിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് ഹദീസിന്റെ ഉസൂലുകളിലേക്ക് കടക്കണം വിളിഞ്ഞു ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിലേക്ക് കുറച്ചൊന്നങ്ങോട്ട് കടന്നു അത് ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക ഒരു ഹദീസ് സഹിയാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മത്ത സ്വല സനദു ബിനി വല ഇല്ല ഇതാണേത് സഹിയായ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് സഹിയാവ എന്ന് പറഞ്ഞാൽ മത്തസ്വല സനതുഹു അതിന്റെ സനത് പരമ്പര മുത്തസ്സിലായിരിക്കണം ആരത്തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നോ ആളിലേക്ക് ഇതിന്റെ പരമ്പര മുത്തസ്സിലായിരിക്കണം ചേർന്ന് വരണം റസൂൽല്ലാഹി സല്ലാ വസ്ലമ തങ്ങളെ തൊട്ടാണെങ്കിൽ റസൂൽ ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ആളു മുതൽ റസൂലുല്ലാഹി വരെ ഇതിന്റെ പരമ്പര മുറിയാതെ നിലകൊള്ളണം ഇതിന്റെ ഇടയിൽ ആരും നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾ വീണുപോയാൽ പറയാതെ പോയാൽ ആരാണെന്നറിയാതെ പോയാൽ ആ ഹദീസ് ഒരിക്കലും സഹിയാവുകയില്ല മുത്തസ്സിലായിരിക്കണം പിന്നെ ആ മുത്തസ്സിലാവുമ്പോൾ തന്നെ ബിനഖലിൽ അദിലി അല്ലാബി അതിലും ലാഭ്യത്വം ആയ ആളുകളായിരിക്കണം ഇത് കൈകൈമാറി കൊടുക്കുന്നത് ഈ സനതിലുള്ള ഓരോ ആളുകളും അതിലും ലാഭ്യത്വമായിരിക്കണം അതിലാവണം പറഞ്ഞാൽ വിശ്വസ്തനായ നീതിമാനായിരിക്കണം നീതി വായിച്ച ഫാസിക്കാവാൻ പാടില്ല അദ്ദേഹം സ്വീകാരയോഗ്യനാണ് നീതിമാനാണ് നല്ലവനാണ് എന്ന കാര്യം സ്ഥിരപ്പെട്ടിരിക്കണം നല്ലവനാണ് നല്ല ആളാണ് ജീവിതത്തിൽ നല്ല ശുദ്ധിയുള്ള ആളാണ് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന കാര്യം എന്ത് ചെയ്യണം സ്ഥിരപ്പെട്ടിരിക്കണം അതേസമയം എന്തുമുണ്ട് അാഭ്യത്ത് ലഭുത്വ ഉള്ള ആളുമായിരിക്കണം അതായത് നല്ല മനുഷ്യനൊക്കെ തന്നെയാണ് ഒരു തെറ്റും ചെയ്യാതെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളാണ് പക്ഷെ ആൾക്ക് അതുണ്ട് ഓർമ്മയിൽ ചില കുറവുണ്ട് ഓർമ്മയിൽ ചില കുറവുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും അതുപോലെയുള്ള ചില കുറവുകളുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം ആള് നല്ല ആളൊക്കെ തന്നെയായിരിക്കും പക്ഷെ പറയുന്നിടത്ത് ഏത് വരാം അബദ്ധം സംഭവിക്കുക അതും ഏതാവില്ല സഹിയാവില്ല പറയുന്ന ആള് നല്ല ആളുമായിരിക്കണം യോഗ്യനുമായിരിക്കണം അതേസമയം ആളുടെ ഓർമ്മയിലും മറ്റ് വിഷയങ്ങളിലും ഏതുണ്ടായിരിക്കണം വളരെ കൃത്യത ഉള്ള ആളുമായിരിക്കണം ഇതിനെ സംബന്ധിച്ചാണ് സിഖത്ത് സിഖത്ത് വിശ്വസ്തൻ ഹരീസിന്റെ ലോകത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നയാള് വിശ്വസ്തൻ എന്ന് പറയുന്നത് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വിശ്വസ്തനാണ് മറ്റ് നേരത്തെ പറഞ്ഞ ഓർമ്മശക്തി പോലെയുള്ള വിഷയങ്ങളിലും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് അപകടം എന്താക്കേണ്ടതില്ല അല്ലെങ്കിൽ അബദ്ധം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഏത് സിക്കത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പോ ശനത് മുത്തസിലായിരിക്കുകയും അതേസമയം ഈ നക്കിൾ ചെയ്യുന്ന ഈ റിപ്പോർട്ടർമാരായ അല്ലെങ്കിൽ ഈ സെനിലുള്ള ഓരോ വ്യക്തികളും എല്ലാ അർത്ഥത്തിലും വിശ്വസ്തരും ആയിരിക്കണം അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ അവരുടെ കഴിവുകളിലും ഓർമ്മശക്തി പോലെയുള്ള അവരുടെ കഴിവുകളിലും ഏതായിരിക്കണം വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം എങ്കിൽ ഏതായി അത് രണ്ടും നിർബന്ധമാണ് അതേപോലെ എന്തും നിർബന്ധമാണ് മിൻവൈരി ശുതൂതിംവല ഇല്ലത്തിൻ ഹദീസ് സഹിയാവണമെങ്കിൽ ഇത് മാത്രമുണ്ടായാൽ പോരാ സനതൊക്കെ ഓക്കെയാണ് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നല്ല യോഗ്യരായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാൽ പോര സഹിയാവണമെങ്കിൽ എന്തുകൂടി വേണം മെൻവൈരി ഷുദൂദിൻ ഈ ഹദീസിൽ ഷാദ് വരാൻ പാടില്ല ഷുദൂത് ഉണ്ടാവാൻ പാടില്ല ഹദീസിന്റെ ലഫ്ലിനോ മത്തിനോ ഹദീസിന്റെ സനദിനോ ഹദീസിന്റെ ലഫ്ലുകൾക്കോ ഷാദ് ഷുതൂത് വരാൻ പാടില്ല ശാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം അതേപോലെ എല്ലാത്തിൽ മറ്റെന്തെങ്കിലും കേടാക്കുന്ന തരത്തിലുള്ള കുറവുകൾ ഈ ഹദീസിന്റെ ലഫ്ദിനോ മറ്റോ വരാൻ പാടില്ല എങ്കിലെ സഹിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ യോഗ്യരായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അതാ നമ്മൾ അൽവാഫി ഉസ്ാദ് അടിച്ചിട്ടുണ്ട് മത്ത സ്വല സനദ് ഹുബി നക്കലിൽ അതിലും ലോബിത്യാൻ മിസ്ലിഹി മീൻ അവലി സനദാ തുടക്കം മുതൽ ആരിലേക്ക് ആരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതുവരെ എന്ത് ചെയ്യണം ഈ തരത്തിലുള്ള ആളുകൾ നക്കിൽ ചെയ്തതായിരിക്കണം മിൻ വയറി ഷുദൂദ്ദീൻ ഷാദ് ആവാൻ പാടില്ല ഷാദ് എന്താണെന്ന് ഞാൻ പറയാം വല എല്ലത്തി എല്ലത്തും ഉണ്ടാവാൻ പാടില്ല എല്ലത്ത് എന്താണെന്ന് വെച്ചാൽ അതും ഒറ്റത്തിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് അതിനെ സംബന്ധിച്ച് പറയുന്നത് അതൊരു കൃത്യമായ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് അതായത് ഈ ഹദീസിന്റെ ലോകവുമായി ശരിക്ക് ഇടപഴകി നല്ല കാലുറച്ച ആളുകൾക്ക് മാത്രമേ ഈ എല്ലത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ അതൊരുവിധം ആളുകൾക്ക് സാധ്യമല്ല റാവിക്ക് നല്ല വിശ്വസ്തരായ യോഗ്യരായ നല്ല റാവികൾക്ക് സംഭവിക്കുന്ന ചില വഹുമുകൾ ഒക്കെ ഈ എല്ലത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ് അങ്ങനെ ഇല്ലത്തുണ്ടായാലും ഏതാവില്ല ഹദീസ് സഹിയാവില്ല ശാദ് ആയാലും ഹദീസ് സഹിയാവില്ല ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആൾക്ക് ഓർമ്മശക്തിയിലോ മറ്റോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാലും ഹദീസ് സഹിയാവില്ല അതൊക്കെ ഉറപ്പാണ് അതൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന ആള് അത്ര പോര എങ്കിലോ ആളൊരു സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധിയുള്ള ആളല്ലെങ്കിലോ അയാളും സ്വീകരിക്കാൻ പറ്റില്ല ഹദീസും സഹിയാവില്ല അപ്പൊ ഇതൊക്കെ കൂടി ഒത്തിണങ്ങുമ്പോഴേ ഹദീസ് സഹിയാവുള്ളൂ മുത്തശ്ശിലായിരിക്കണം ഈ നക്കിൾ ചെയ്യുന്ന ആളുകൾ സനദിലുള്ള ആളുകൾക്ക് അതിന് അർഹരും യോഗ്യരുമായിരിക്കണം അതിന്റെ പുറമെ പുറമെ ഷാദ് ആവാൻ പാടില്ല മാലൂൽ ഇല്ലത്തുള്ളതും ആവാൻ പാടില്ല അപ്പോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഈ പറഞ്ഞ ഹദീസ് മുഗീറത്തുബിൻ ഷോബർ അലി അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റസൂലുല്ലായി ജൗറബേരിമേൽ തടവി എന്ന് പറയുന്ന ഈ ഹദീസിനെ സംബന്ധിച്ച് ഇനി പരിശോധിക്കണം ഈ ഹദീസിന്റെ യഥാർത്ഥം എന്താണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത് ഈ ഹദീഷ് ഹി ഹദീസ് ഷാദ് ആണ് എന്നാണ് ഈ ഹദീസ് ഷാദ് ആണ് ഈ ഹദീസിന്റെ സനതിൽ പറഞ്ഞ ആളുകളൊക്കെ വളരെ യോഗ്യരും നല്ല നല്ല ആളുകളുമാണ് ഈ ഹദീസിന്റെ സനതിൽ പറയപ്പെട്ട ആളുകളൊക്കെയും വളരെ വിശ്വസ്തരാണ് നല്ല മഹാൻ പ്രഗത്ഭരാണ് യാതൊരു തകരാറുമില്ല സനതിന് യാതൊരു കുഴപ്പമില്ല സനദ് ഓക്കെ സനതിന് യാതൊരു കുഴപ്പമില്ല സഹിയായ സനദാണ് അതേസമയം ഹദീസത്തിന്റെ ലഫ്ല് മസഹ റസൂൽ സല്ലാഹു വലൈ വസ്സലാല അലൈഹി എന്ന് പറഞ്ഞ ഈ ലഫ്ല് ഷാദ് ഷാദ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷാദ് ആവാതിരിക്കണം ഷാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഷാദ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിനു സ്വലാഹ് ഹദീസിന്റെ നിദാനശാസ്ത്രം വിവരിക്കുന്ന ഹദീ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരവലംബമായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഇമാം ഇബുൻസ്വലാഹിന്റെ ആര് മുക്കിമ എന്ന് പറയുന്ന കിതാബ് ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിനുസ്വലാഹ് പറയുന്നത് ان يونس بن عبد الله قال قال الشافعي رحمه الله اي شاذ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇമാമിന്റെ ശിഷ്യനായ يونس بن عبد الله എന്നൊരു പറഞ്ഞ ഷാഫി ഇമാം പറഞ്ഞു ليس الشاذ من الحديث ان يروي الثقته ما لا يرويه غيره ان الشاذ ان يروي الثقته حديثا يخالف ما رواه الناس ഇതാണ് شاذه അതായത് ഷാസാവുക എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നോ കുറെ ആളുകൾ ഇപ്പൊ ഉദാഹരണമായിട്ട് മൊഗൈറത്ത് ബുൻ ശോഭർ നിന്ന് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തു കുറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തു ആ ആളുകളൊക്കെയും റിപ്പോർട്ട് ചെയ്തു ആ തര അതൊക്കെ ആ ആ റിപ്പോർട്ടുകളിലൊക്കെയും നബിസല്ലാഹു അലിവസലമ തങ്ങൾ മസഹ അല ഹുഫൈ രണ്ട് ഹുഫമ്മേ തടവി എന്നാണുള്ളത് രണ്ട് ഹുഫമ്മേൽ തടവി എന്നാണ് ആ ഹദീസുകളിലൊക്കെയും ഉള്ളത് മുഗൈറത്തുബുനു ഷോബർ അലിയല്ലാഹു എന്നിൽ നിന്ന് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിൽ മുഖീറത്തുബുനു ഷോബന്റെ ശിഷ്യന്മാരായ മഹാൻമാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെയും റിപ്പോർട്ട് ചെയ്തത് മസഹ അല ഹുഫൈ രണ്ട് ഹുഫമ്മ തടവി എന്നാണ് എന്നാൽ മുഗൈറത്തുബുനു ശോഭന്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോ കൂട്ടത്തിൽ മറ്റൊരാൾ മുഖൈറത്തുബുനു ശോഭന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതാരാണ് ഹുസൈരുബുനു ഷുറഹബീൻ ഹുസൈലുബുനു ഷുറഹബീൽ എന്ന് പറയുന്ന മുഗൈറത്ത് ബുനു ഷോബയുടെ ശിഷ്യന്മാരിൽപ്പെട്ട മറ്റൊരാളാണ് എങ്ങനെ റിപ്പോർട്ട് ചെയ്തത് മസഹാല ഹുഫൈ രണ്ട് ഹുഫമ്മ തടവി എന്ന് മറ്റുള്ളവരൊക്കെയും റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഹുസൈലുബുനു ഷൊറഹ്ബീൽ മുഗൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മസഹാല ജൗറബൈഹി വന അലൈഹി എന്നാണ് മസഹാല ഹുഫൈ രണ്ട് ഹുഫമ്മ തടവി എന്നതിന്റെ സ്ഥാനത്ത് ഹുസൈലു പറഞ്ഞത് എന്നതാണ് മസഹാല അല ജൗറബൈഹി വനഅലൈഹി ജൗറബൈനിമ്മ തടവി എന്നാണ് അതായത് ശാദ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തരും യോഗ്യരും സ്വീകാരയോഗ്യരുമായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരായി മറ്റൊരു രൂപത്തിൽ മറ്റൊരു രൂപത്തിൽ വിശ്വസ്തരും സ്വീകാരയോഗ്യനുമായ മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യുക ലൈഫായൊരാൾ റിപ്പോർട്ട് ചെയ്യലല്ല മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത് ശാദ് എന്ന് പറഞ്ഞാൽ വിശ്വസ്ഥരും സ്വീകാര്യയോഗ്യരുമായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു രൂപത്തിൽ ആ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ എന്ത് ചെയ്യുന്നു വിശ്വസ്ഥനും സ്വീകാര്യോഗ്യനുമായ സിഖത്ത് തന്നെ ആയ മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ രണ്ട് റിപ്പോർട്ടും വിശ്വസ്തരുടേതാണ് സിഖത്ത് ആ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളുടേത് തന്നെയാണ് സനതിന് തകരാറൊന്നുമില്ല എന്നർത്ഥം സനത് നല്ല സനതാണ് നല്ല സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളാണ് രണ്ട് സനതിലുമുള്ളത് ഒരു സനതിലൂടെ വരുന്നത് ഒരു ലഫ് ഒരു രൂപത്തിൽ ആ വിഷയം തന്നെ മറ്റൊരാൾ അയാളോ മോശക്കാരനൊന്നുമല്ല അയാൾ നല്ല യോഗ്യനാണ് സിഖത്താണ് വിശ്വസ്തനാണ് അയാൾ പറയുന്നു മറ്റെല്ലാവരും പറഞ്ഞത് രൂപ പറഞ്ഞ രൂപത്തിലല്ലാതെയാണ് ഇയാൾ പറഞ്ഞത് സിക്കാത്ത് ആയ വിശ്വസ്ത യോഗ്യരായ പലരും പറഞ്ഞതിനെതിരായി മറ്റൊരു രൂപത്തിൽ സിഖത്ത് തന്നെ ആയ വിശ്വസ്ത യോഗ്യനായ മറ്റൊരാൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചതെന്ന് പറയും ഷാദ് എന്ന് പറയും ഷാദ്വിന് രണ്ട് രൂപമുണ്ട് ഒന്ന് വിശ്വസ്തനായ ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ നിലവാരത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് അത് വ്യത്യാസപ്പെടുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല നമ്മുടെ വിഷയം ഇപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ മറ്റ് ഉദാഹരണത്തിലൂടെ പറയാം അതായത് ബഹുമാനപ്പെട്ട ആര് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹജീസിൽ ഉദാഹരണമായിട്ട് അബൂഹുഹു പറയാണ് റസൂൽ ഖും രണ്ട് റക്കായത്ത് സുബേന്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുനത്ത് നമസ്കരിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ ചെരിഞ്ഞുകിടക്കട്ടെ വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കട്ടെ കുറച്ചു നേരം എന്നിട്ട് എഴുന്നേറ്റിട്ട് ഫജർ നമസ്കരിക്കാൻ പോണം എന്ന് എന്ത് സുബീറിന്റെ മുമ്പുള്ള സുന്നത് നമസ്കരിച്ചാൽ വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കട്ടെ എന്ന് റസൂലുള്ളായി പറഞ്ഞു എന്ന് അബൂഹുറൈറ പറഞ്ഞതായി എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ടിൽ ഏത് ചെയ്തിട്ടുണ്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റസൂലുള്ള പറഞ്ഞു എന്നല്ല റസൂലുള്ള സുബീറിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കാറുണ്ട് റസൂലുള്ളയുടെ പ്രവൃത്തിയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റിപ്പോർട്ടിലോ അബൂഹറേറെ തൊട്ട് ഈ വന്ന റിപ്പോർട്ടിലോ റസൂലുള്ള് വലത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് അപ്പോ പലരും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇത് റസൂലുള്ളയുടെ പ്രവൃത്തിയായി കൊണ്ട് റിപ്പോർട്ട് ചെയ്തു ഒരാൾ മാത്രം റസൂല പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു ഇത് റസൂലുള്ളയുടെ പ്രവൃത്തിയാണോ വാക്കാണോ എന്ന വ്യത്യാസം രണ്ട് റിപ്പോർട്ടുകൾ തമ്മിലുണ്ട് അതുകൊണ്ട് അധികമാളുകളും റിപ്പോർട്ട് ചെയ്തത് റസൂലുല്ലാഹി ചെയ്തു അങ്ങനെ കിടക്കാറുണ്ട് എന്നായതുകൊണ്ട് തന്നെ റസൂൽല്ലാഹി അങ്ങനെ കിടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്താണ് ഷാദിതാണ് അതെന്താ വ്യത്യാസം റസൂല്ല പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒന്നല്ല അതൊന്നാവൂല തെളിവ് തന്നെയാണ് പക്ഷേ പ്രവൃത്തികളെ കൊണ്ട് തെളിവ് പിടിക്കുന്ന രൂപവും വാക്കുകളെ കൊണ്ട് തെളിവു പിടിക്കുന്ന രൂപങ്ങളൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് രണ്ടും തെളിവ് തന്നെയാണ് പക്ഷെ അതിന് രണ്ട് രണ്ട് അവസ്ഥകളുണ്ട് എന്ന് മാത്രം അത് വിശദമായി ഇപ്പൊ പറയേണ്ടതില്ല ഇതുപോലെ പല ഉദാഹരണങ്ങളും കാണാൻ പറ്റും ഉദാഹരണമായിട്ട് മറ്റൊന്ന് നബിസല്ലാഹുലൈ വസ്ലമ തങ്ങൾ ഇത്തഹതമ്മിം വരിക്കിൻ സുമൽഹു റസൂലുല്ലാഹി വെള്ളിയുടെ ഒരു മോതരം ഉണ്ടാക്കുകയും പിന്നെ റസൂലുല്ലാഹി ഇതിനെന്ത് ചെയ്തു ഓരിയറിയുകയും ചെയ്തു ഒഴിവാക്കി എന്ന് ഒരു ഹദീസ് ഇത് ഇതില് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് കാനൻ നബിയു സല്ലാഹു അലൈ വസ്ലം റസൂൽ റസൂലുല്ലാഹി ബാത്റൂമിലേക്ക് അക്കൂസിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ ആവശ്യം നിർവഹിക്കാൻ പ്രവേശിച്ചാൽ റസൂലുല്ലന്ദിയും അവിടുത്തെ മോതരം ഊരിവെക്കും എന്ന് പറഞ്ഞു ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അബുദാബുദ്വർ പറഞ്ഞ അദീസും മുൻകറൂൻ ഇത് ഷാദ്ദാണ് ഇത് മുൻകറാണ് കാരണം എന്താ ഈ ഹദീസ് അധിക റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് റസൂലുല്ലാഹി വെള്ളിയുടെ ഒരു മോത്രം വെള്ളിയുടെ ഒരു മോതരം ഉപയോഗിക്കുകയും സുമ്മാൾക്കാവ് പിന്നെ അതിനൊഴിവാക്കുകയും ചെയ്തു എന്നതാണ് എന്നല്ലാതെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്തിട്ടില്ല അധിക ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എവിടെയോ ഒരാൾക്ക് ഹമാം എന്ന് പറയുന്ന ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധമാണത് അതുകൊണ്ട് ഈ സംഭവം ആ ഹദീസ് ഏതാണ് മഹഫൂൽ അല്ല അഥവാ ശാദാണ് എന്ന് അബുദാവുദ് പറയുന്നു ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് നബിസാഹു അലൈ വസലമ തങ്ങൾ തടവി എന്നാണ് മുഗീറത്തുബുന് ശോബർ അലിയല്ലാഹു എന്നുവിൽ നിന്ന് അധിക സഹ ശിഷ്യന്മാരും റിപ്പോർട്ട് ചെയ്തത് ഖുഫമ്മേ തടവി എന്നാണ് അധിക ശിഷ്യന്മാരും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മുഗീറത്തുബുന് ശോബർ അലിയുള്ള ശിഷ്യന്മാരിൽപ്പെട്ട വിശ്വസ്തനും സ്വീകാര്യയോഗ്യനും തന്നെ ആയ ഹുസൈൽ ബുൻ സുറഹബിയിൽ പറഞ്ഞത് രണ്ട് ജൗറബേനിമ്മ തടവി എന്ന എല്ലാവരും മുകൈറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹുഫൈമ തടവി എന്ന് പറയുമ്പോ കൂട്ടത്തിൽ ഒരാൾ മാത്രം ജൗറബേനിമ്മ തടവി എന്ന് എതിരായി പറഞ്ഞു മറ്റൊരു രൂപത്തിൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചാണ് ഷാദ് എന്ന് പറയുക വിശ്വസ്തരായ സിക്കാത്ത് ആയ സ്വീകാര്യോഗ്യരായ പലരും പറഞ്ഞതിന് എതിരായി മറ്റൊരു രൂപത്തിലാർ പറയുക ഒരു വിശ്വസ്തനായ സ്വീകാരയോഗ്യനായ മറ്റൊരാൾ പറയുക അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിനാണ് ഷാദ് എന്ന് പറയുക അതുകൊണ്ട് ഈ ഹദീഫേതല്ല സ്വഹല്ല സനതിന് തകരാറുണ്ടായതുകൊണ്ടല്ല സനത് ശരിയാണ് സ്വഹൈയാണ് പക്ഷേ ഹദീഫിന്റെ ലഫ്ലിൽ ഷുദൂത് വന്നിട്ടുണ്ട് അതെന്താണ് ഷുദൂത് ബഹുമാനപ്പെട്ട മുഗീർ അബിയുള്ളാഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ അവിടുത്തെ ശിഷ്യന്മാരായ പലരും പറഞ്ഞിട്ടുള്ളത് പലരും പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈവസ്ലമ തങ്ങൾ ഹുഫമ്മേ തടവി എന്നാണ് അതേസമയം മുഖൈറയത്തോട്ടുള്ള റിപ്പോർട്ടിൽ ഹുസൈലുബിൻ ഷുറഹബീൽ മാത്രം പറഞ്ഞത് റസൂലുല്ലായി സോക്സ്മ തടവി അല്ലെങ്കിൽ ജോറബേനിമ തടവി എന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ സിക്കാത്തായ മറ്റുള്ളവർക്കൊക്കെ എതിരായി ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിനാൽ ഈ റിപ്പോർട്ട് ഏതാണ് ഷാദാണ് അത് സഹയല്ല ഹുജ്ജത്തിന്റെ തെളിവിന് പറ്റുന്നതല്ല അതുകൊണ്ട് ഈ ഹദീസ് സഹി അല്ല സോക്സമ്മത്തടവാൻ വേണ്ടി തെളിവാക്കി പലരും പറയാറുള്ള ഹദീസ് ഹുജ്ജത്തിന് പറ്റുന്നതല്ല അത് സഹി അല്ല തള്ളപ്പെടേണ്ടതാണ് തെളിവിന് പറ്റാത്തതാണ് തെളിവിന് പറ്റാത്തതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിഗണിച്ചതിന്റെ ശേഷം ീസ് ജൗറബേനി എന്ന് പറയുന്ന സാധനം റസൂലുല്ലാഹിയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ജൌറബേനി അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് ആ സ്ഥാനത്ത് നിൽക്കുന്നതുമല്ല അത് മാറി മറിഞ്ഞു പലകോലത്തിലായി പുതിയ പല സാധനങ്ങൾ കൊണ്ടാണ് ഇന്നുണ്ടാക്കപ്പെടുന്നത് ആ ഒക്കുമതിന് ബാധകാവില്ല ഇനി അതെന്നെ ഇപ്പോ ഹദീഫ് സഹിയായ ആണെന്ന് വന്നാൽ തന്നെ ആദ്യമേ ഏതല്ല ഹദീസ് സഹീ തന്നെയല്ല അത് ശാദാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുള്ളാഹുവിന് പോലും ഈ ഹദീസ് ഷാദ്ദാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം റലിയുള്ള പോലും ഈ ഹദീസ് സഹിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം അടക്കമുള്ള പ്രഗത്ഭരായ പ്രമുഖരായ ഹദീസിന്റെ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം തന്നെ ഈ ജൗറബൈനിമ്മ തടവി സോസിമ്മ തടവി എന്ന് പറയുന്ന ഹദീസിനെ ഷാദ്ദാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടുണ്ട് ഇമാം മുസ്ലിം എന്താ പറഞ്ഞത് ഇമാ മുസ്ലിം മുസ്ലിം അബിനൽ ഇമാം മുസ്ലിമുൽ ഇബ്നുൽ ഹജ്ജാജ് നവരി അഥവാ സ്വഹീഹു മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിമിന്റെ മുസന്നിഫായ ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് എന്ന് നവരി വഹഫ് ഹാദൽ ഖബറ ഈ ഹദീസിനെ ളഈഫാക്കിയിട്ടുണ്ട് ഏതെ ഹദീസിനെ ഈ സോക്സ് മതദവി എന്ന് പറയുന്ന ഹദീസിനെ ളഈഫാക്കിയിട്ടുണ്ട് ഇമാം മുസ്ലിം ളഈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം വകാല ഇമാം മുസ്ലിം തുടർന്നു പറയുകയും ചെയ്തു അബൂ കൗസിൻ അബൂ കൈസനിൽ ഔദിയു അബൂ കൌ കൈസ് എന്ന് പറയുന്നയാൾ അബൂ കൈസിൽ ഔദിയു എന്ന് പറയുന്നയാൾ അതേപോലെ അവ ഹുസൈലുബുനു ഷുറഹ്ബീൽ ഹുസൈലുബുനു ഷുറഹബീൽ എന്ന് പറയുന്നയാളും ലായഹ്തമിലാനി അവര് താങ്ങാൻ കഴിയാത്തത് പറഞ്ഞതാണ് ലായഹ്തമിലാനി ഹാദ ഇവർ രണ്ടാളും ഇത് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല ഇവ രണ്ടാളും പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റൂല എന്താണ് ഇവ രണ്ടാളെന്ന് പറഞ്ഞാൽ അതായത് മൊഗീറത്ത് ബുന് ഷോബർ അലി അള്ളാഹുവിന് ഈ ജൌറബേരിമ സോക്സ്മ തടവി എന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ആളാരാണ് ഹുസൈൽ ബുനുഷ്റഹബീലാണ് ഹുസൈലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ കൈസാണ് അതാണ് ആ പറഞ്ഞത് അബൂ കൈസ് പറയുന്നു ഹുസൈന് പറഞ്ഞുവെന്ന് ഹുസൈന് പറയുന്നു മൊഗീർ അലിള്ളാഹുവിന് പറഞ്ഞുവെന്ന് എന്ത് അസൂറുള്ള ജോർ സോക്സുമ തടവി എന്ന് എന്നാൽ മൊഗീർ അലിയുല്ലാഹുവിനുവിനെ തൊട്ട് ഹുസൈൻ അല്ലാത്ത മറ്റുള്ളവരൊക്കെയും റിപ്പോർട്ട് ചെയ്തത് സോക്സുമ തടവി എന്നല്ല ഹുഫമ്മ തടവി എന്നാണ് അപ്പൊ ഇവർക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇവർ പറയുന്നത് മാറ്റം മാറിയ രൂപത്തിലാണ് ജൗറബൈനി എന്ന് ഹുഫൈനി എന്ന് പറയേണ്ട സ്ഥാനത്ത് ഇവർ ജൗറബൈനി എന്നാണ് പറഞ്ഞത് അബദ്ധം എവിടെയോ സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അതേതല്ല സ്വീകരിക്കാൻ പറ്റൂല വളരെ പ്രഗത്ഭരായ വളരെ പ്രധാനികളായ മുഹീർ റദി അള്ളാഹുനുവിന്റെ മറ്റ് പല ശിഷ്യന്മാരും താപേങ്ങളിൽപ്പെട്ട മുഗീർ അലിയുള്ളാഹുനുവിന്റെ വളരെ പ്രഗത്ഭരായ ശിഷ്യന്മാരൊക്കെയും പറഞ്ഞതിന് എതിരായിട്ടാണ് ആര് പറഞ്ഞത് ഈ ഹുസൈൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ജൗറബേനി എന്നാണ് ബാക്കിയുള്ള പ്രഗത്ഭരൊക്കെയും പറഞ്ഞത് ഹുഫൈനി എന്നാണ് അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റൂല വലാനൂക്കൂർ ഖുർആാനി ഈ കുർആന്റെ ലായുർ കുർആാന്റെ കൽപ്പന കാലി കഴുകണമെന്നാണല്ലോ അതിൽ ഇളവാണിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ആ കൽപ്പന ഒഴിവാക്കണമെങ്കിൽ റസൂലുല്ലായിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ അത് സ്ഥിരപ്പെടണം അത് സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഹുഫ തടവുന്നിടത്ത് മാത്രമാണ് സോക്സ് തടവുന്നിടത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല അത് ഇവർ രണ്ടാളും ഇവർ മാത്രമേ അഥവാ ഈ ഹുസൈൽ എന്നവർ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെയും ആ ഇളവ് ഹുഫക്ക് മാത്രമേ പറഞ്ഞു കാണുന്നുള്ളൂ ഇദ്ദേഹം മാത്രമാണ് സോക്സിനും പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇമാ മുസ്ലിം റബിയുല്ലാഹുവിന് പറഞ്ഞത് ഇമാ മുസ്ലിമിനേക്കാൾ അപ്പുറം കാലെടുത്തുവെക്കാൻ ലോകത്ത് ഒരാളും ഇല്ല ഒന്ന് ഇനി മാത്രമല്ല ഈ ഇനത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ വലിയ വലിയ ആളുകളിൽപ്പെട്ട ഒരാളാണ് അബ്ദുൾ റഹ്മാൻബിൻ മഹദീ എന്നവർ യക്കൂലു കാല അബ്ദുൾ റഹ്മാൻബിൻ അബ്ദുൾ റഹ്മാൻ മഹദീ എന്നവർ പറയുകയാണ് ഇദ്ദേഹം വളരെ പ്രഗത്ഭനായ ഹദീസിന്റെ ലോകത്തുള്ള ഹദീസിന്റെ റിപ്പോർട്ടർമാരിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇമാ മുസ്ലിമിമാ ബുഹാരി എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരാളാണ് അബ്ദുൾ റഹ്മാൻ വിൽ മഹദി പറയാൻ കുൽതു ഞാൻ പറഞ്ഞു ആര് അബ്ദുൾ റഹ്മാൻ വിൽ മഹദി എന്നവർ കുൽതുലി സുഫിയാൻ സൗരി സുഫിയാനു സൗരി എന്നവരോട് ഞാൻ പറഞ്ഞു അബ്ദുൾ റഹ്മാൻ ഉൽ ആരോട് പറയുന്നു സുഫിയാനു സൌരിയോട് സുഫിയാൻ സൌരിയെ മാറ്റി നിർത്തിയ പിന്നെ ഹദീസ് ഒന്നുമില്ല സുഫിയാനു സൌരി പറയുന്നത് സ്വീകരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഹദീഫൊന്നുമില്ല ഹദീസൊക്കെ അവരുടെ കയ്യിലാണ് അതുകൊണ്ട് സുഫിയാനുസ് സൌരിയോട് ഞാൻ പറഞ്ഞു ലവ് ഹദ്സ് തനി നിങ്ങൾ എന്നോട് പറഞ്ഞു തരികയാണെങ്കിൽ ഹജീഫ് ഈ അബി ഖൈസിൻ ആൻഡ് ഹുസൈലിൻ അബൂ ഖൈസ് ഹുസൈലിനെ തൊട്ട് ഉള്ള ഹദീഫുണ്ടല്ലോ ഏത് ഹുസൈല് മുഖൈറയെ റിപ്പോർട്ട് ചെയ്യുന്ന സോക്സ്മ എന്നുള്ള ഹദീഫ് നിങ്ങൾ അതെന്നോട് പറഞ്ഞു തന്നാൽ മാ കപിൽ തുൻക ഞാനത് സ്വീകരിക്കൂലെന്ന് പറഞ്ഞു ആരോട് സുഫിയാനു സൗരിയോട് ആരെ പറഞ്ഞു അബ്ദുറഹ്മാൻ വൽ മഹദി എന്നവർ പറഞ്ഞു ഫകാല സുഫിയാനു അബ സുഫിയാനു സൗരി റളിയല്ലാഹു തന്നോട് പറഞ്ഞു അൽ ഹദീസു ളഈഫുൻ ആ ഹദീസു ളഈഫാണ് ആരെ സുഫിയാനു സൗരി സുഫിയാനു സൗരി എന്നൊരു പറയുന്നു ഈ സൗസ്മ തദവി എന്ന് പറയുന്ന ഹദീസു ളഈഫ് ആണ് ഔ വാഹിൻ അല്ലെങ്കിൽ ഔ കലിമത്തുൻ നഫഹ അത് സ്വീകരിക്കാൻ പറ്റാത്തതു എന്ന അർത്ഥത്തിലുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു അപ്പോ ആരൊക്കെ ആയി ഇമാം മുസ്ലിം امام سفيان الثوري امام عبد الرحمن بن مهدي. ان سمعت عبد الله بن احمد بن حنبل امام احمد بن حنبل رضي الله, الله عنه احمد بن حنبل ಅವರು പറയാ요. يقول حدثني ابي بهذا الحديث. நான் என்ன உபயோடு? عبد الله என்பவர் പറയാ요. உபயாய احمد بن حنبل என்பவர் ओर நான் പറഞ്ഞു. ഈ ഹദീസ് ഫക്കാല അബി അപ്പൊ എന്റെ ഒപ്പ എന്നോട് പറഞ്ഞു അതായത് അഹമ്മദ് ബുൻ ഹംബൽ റലിയുള്ളോട് പറഞ്ഞു ലൈസ യുറാദ ഇല്ലാമിൻ ഹദീസ് അബി കൈസിൻ ഈ ഒരു റിപ്പോർട്ട് അബൂ കൈസ് അല്ലാണ്ട് ആരും പറയണില്ല അബൂ കൈസ് ആരെ തൊട്ട് ഹുസൈലിനെ തൊട്ട് ഹുസൈൽ റലിയുല്ലാഹുനെ തൊട്ട് അപ്പൊ ഈ ഒരു റിപ്പോർട്ട് ഹുസൈലിനെ തൊട്ട് അബൂ കൈസ് പറഞ്ഞതല്ലാതെ മറ്റാരും മറ്റ് റിപ്പോർട്ടുകളിലൊന്നും ഇങ്ങനെ ജൗറബൈനിമ തടവി എന്ന് പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹം മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ قال ابي اندുപ്പ അഥവാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇബ്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദിൻ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി എന്നവര് ലാ യുഹദ്ദിസു ബിഹി ഐ ഹദീഥ് പറയാരില്ല യഖൂലു അവരുന്ന് പറയുമയരുന്നു ഹുവ മുങ്കറുൻ ഈ ഹദീഥ് മുങ്കറാണ് മുങ്കറാണ് എന്ന് പറഞ്ഞാൽ ഷാദ്ദാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് അപ്പോ ആരൊക്കെ ആയി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇമാം സുഫിയാനു സൗരി ഇമാം അഹ്മദ് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി ഇമാം മുസ്ലിം ി മറ്റൊരാൾ പ്രധാനപ്പെട്ട മറ്റൊരാൾ അതാരാണത് അത് യഹയബിനുമായി എന്നവരും അല്ലെങ്കിൽ യഹയ്യബിനുമായിൻ എന്നവരും സായിത്വബാസിയ യഹ്യബിനുമായി യഹയബുനും ഐൻ എന്നരോട് ഞാൻ ചോദിച്ചു ഹാദൽ ഹദീസി ഈ ഹുസൈലി റിപ്പോർട്ട് ചെയ്യുന്ന സോക്സ്മ തടവി എന്ന ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഫക്കാല അവർ പറഞ്ഞു യഹയബുനും ഐൻ എന്നവർ പറഞ്ഞു അന്നാസു കുല്ലും ശിഷ്യന്മാരായ എല്ലാ മഹാൻ എല്ലാ പണ്ഡിതന്മാരും ഇതിനെ റിപ്പോർട്ട് ചെയ്തു അലൽ ഹുഫൈനി മസഹ അല ഹുഫൈനി ഹുഫമ്മ തടവി എന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് ഓയിർ അബി കൈസിൻ ഈ അബൂ കൈസല്ലാതെ അബൂ കൈസ് മാത്രമാണ് സോക്സ് തടവി എന്ന് പറഞ്ഞിട്ടുള്ളോ ബാക്കിയുള്ളവരൊക്കെയും അതാരാണ് എന്താ പറഞ്ഞത് തടവി എന്നാണ് പറഞ്ഞത് അപ്പൊ എല്ലാവരും പറഞ്ഞതിനെതിരായി മറ്റൊരു രൂപത്തിൽ പറഞ്ഞതുകൊണ്ട് ഇത് ഷാദാണ് സ്വീകരിക്കാൻ പറ്റില്ല ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് ഇമാം നസായി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം നസായിയും അക്കാരും പറഞ്ഞു ഇമാം നസായി പറഞ്ഞത് കാലാബു അബ്ദുർ റഹ്മാൻ മാനാലി ഈ സോക്സുമ തടവി എന്ന ഹദീസ് എന്ന് ഈ പറഞ്ഞതുപോലെ അബൂ കൈസ് പറഞ്ഞതുപോലെ വേറെ ആരും പറഞ്ഞതായി നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല വസ്സഹു അനിൽ മുഗീറത്തി മുഗീറുനൂനെ തൊട്ട് സഹീയായി വന്നിട്ടുള്ളത് അൻഹു അലി വസ്ലം മസഹാലൽ ഹുഫൈനി റസൂലുള്ള രണ്ട് ഹുഫമ്മ തടവി എന്നാണ് വന്നിട്ടുള്ളത് സോക്സുമ തടവി എന്ന് പറഞ്ഞയാള് അത് റിപ്പോർട്ട് ചെയ്ത അബൂ കൈസാണ് ഹുസൈലിനെ തൊട്ട് അത് വേറെ ആരും അങ്ങനെ പറഞ്ഞതായി വന്നിട്ടില്ല ഞാൻ നമുക്കറിയുകയില്ല അഥവാ അത് ഷാദ്ദാണ് എന്ന് ഇമാം നസായിയും പറയുന്നു ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂദാവുദ് പറഞ്ഞിട്ടുണ്ട് മറ്റ് പല പണ്ഡിതന്മാരും അക്കാര്യം ഉണർത്തിയിട്ടുണ്ട് ഇമാം ബൈഹക്കി തന്റെ സുനുൽകുബ്രായിൽ ഈ വിഷയം വളരെ വിശദമായി സംസാരിച്ചിട്ടും ചുരുക്കത്തിൽ ഈ ഹദീസ് സഹൈ അല്ല തടവി എന്ന് പറയുന്ന ഹദീസ് സഹൈന്റെ ഗണത്തിലേക്ക് ഉയര ഉയരുന്നതല്ല അത് ഷാദാണ് മർദൂതാണ് സ്വീകാരയോഗ്യമല്ല ി അതങ്ങോട്ട് സ്വീകരിച്ചാൽ തന്നെ ആ ഹദീസിൽ പറയുന്ന ജൗറബേനിയും ഇന്ന് ഈ കാലത്ത് ഉപയോഗിക്കുന്ന തുണി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട രണ്ടാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ജൗറബേനിക്ക് വന്ന അങ്ങനെ ഒരു ഹുക്കുമുണ്ടെങ്കിൽ അത് തന്നെ ഇന്ന് നാം ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കാറുള്ള ഈ തുണി കൊണ്ടുണ്ടാക്കപ്പെട്ട സോക്സിന് ബാധകം അല്ല എന്നാൽ ആഗനത്തിൽ ഹുഫക്ക് പറയപ്പെട്ട ഷർത്തുകളൊക്കെയും ഒത്തിണങ്ങിയ തരത്തിലുള്ള ഒരു നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിയ തരത്തിലുള്ള ഷൂ ഉണ്ടായാൽ അതുപോലെ അത്തരത്തിലുള്ള സോക്സ് ഉണ്ടായാൽ അതും മേൽ തടവുന്നത് കൊണ്ട് വിരോധവുമില്ല ഇന്ന് സാധാരണ ഉപയോഗിക്കുന്ന സോക്സ് ആ ഗണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഷൂവും അതിൽ എന്നാൽ ചില ഷൂ ഇപ്പോൾ തന്നെ ഉപയോഗത്തിലുണ്ട് ഞെരിയാണിക്ക് മുകളിൽ നിൽക്കുന്നതാണ് അത് ധരിച്ച് നടക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ആ ഹുഫക്കുള്ളതായ വെള്ളം കടക്കാൻ പാടില്ല തുടങ്ങിയുള്ള ഷർത്തുകളൊക്കെ ഒത്തിണങ്ങിയതാണ് ആ സോക്സ തടവുന്നത് കൊണ്ട് വിരോധവുമില്ല അതുകൊണ്ട് ആ ഷർത്തുകളാണ് ഇവിടെ വിഷയം നിബന്ധനകൾക്ക് ഭംഗം വരുത്തിയും വീഴ്ച വരുത്തിയും കൊണ്ട് ഇളവുകളെ ബാധകമാക്കുക എന്നത് ധീനുകൊണ്ട് കളിക്കലാണ് അതുകൊണ്ട് ഒലു എന്നത് സഹിയാവണമെങ്കിൽ ഇന്ന് സാധാരണ ഉപയോഗിച്ചു വരുന്ന സോക്സുമ തടവിയാൽ ആ ഒലു സഹിയാവുകയില്ല അവന്റെ നമസ്കാരവും സഹിയാവുകയില്ല അവനെ തുടർന്ന് നമസ്കരിക്കാനും പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരമൊക്കെ മടക്കൽ നിർബന്ധമാണ് വിവരക്കേടിന്റെ ആഴമാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒരു ഹുക്കുമ് എന്ന് പറയുന്നത് അതിന് അതിന്റേതായ ചില മാനദണ്ഡങ്ങളും ചില ശുറൂത്തുകളൊക്കെയുണ്ട് അവിടെ ഏതുണ്ടാവുള്ള ഹെക്കുമു ബാധകമാവും പ്രത്യേകിച്ച് റൊഹ്സയോട് ക്രിയാസാക്കാൻ പറ്റോ ഇല്ലയോ എന്ന വിഷയം തന്നെ ഉസൂലി പണ്ഡിത ലോകത്ത് ചർച്ചകളുള്ള വിഷയമാണ് അതുകൊണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് എവിടെയോ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ ഹദീസിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ ഈ സോക്ഷ്മ തടവുന്ന ഏർപ്പാട് വിരുദ്ധമാണ് ആ ഒതുലും സഹിയാവുകയില്ല എന്നാൽ ഈ പുൽക്കാലത്ത് ചില പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ചില ഹദീസ് പണ്ഡിതന്മാർ എന്നൊക്കെ പറയപ്പെടുന്ന ചില മാന്യന്മാർ ഈ ഹദീസിനെ സഹിയാക്കാൻ വേണ്ടി കെണിഞ്ഞ് ശ്രമിക്കുകയും ഇമാം മുസ്ലിം അടക്കമുള്ള വലിയ വലിയ ഹദീസിന്റെ ലോകത്ത് അറിയപ്പെട്ട മുസ്ലിം മുമ്പ് അംഗീകരിക്കുന്ന വലിയ വലിയ വൻ മലകളായി നിലകൊള്ളുന്ന ഇമാം അഹമ്മദ് ബുൻ ഹമ്പൽ ഇമാം യഹ്യബുൻ അയിൻ ഇമാം സുഫിയാനു സൌരി തുടങ്ങിയുള്ള വൻകിട മഹാപണ്ഡിതന്മാരെ മുഴുവനും തള്ളിപ്പറഞ്ഞു അവരെയൊക്കെ മാറ്റി നിർത്തി ഈ ഹദീസ് സഹിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആധുനിക മുഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാന്യനുണ്ട് ണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അയാൾ ഇത് സഹിയാണെന്ന് വരുത്താൻ വേണ്ടി വല്ലാതെ കെടിഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പുസ്തകം വായിക്കുന്ന ആർക്കും അത് കൃത്യമായി ബോധ്യപ്പെടും അയാൾ പറഞ്ഞു പറഞ്ഞ് ഇമാ മുസ്ലിമിനെ പരിഹസിക്കുന്നത് വരെ അയാളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും നഹൂദ്ബില്ല അള്ളാഹു സുബാനുല കാത്തിഷികുമാറാവട്ടെ അതുകൊണ്ട് ഈ വിഷയമൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ലാഘവത്തോടെ വില കുറച്ച് ചെറുതാക്കി കയറേണ്ടതല്ല അതൊക്കെ അറിയി അർഹിക്കുന്ന ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടത് ഹദീസ് സഹിയാവൽ എപ്പോഴാണ് അല്ലാതിരിക്കൽ എപ്പോഴാണ് ആ ഹദീസിന്റെ പറയുന്ന വിഷയങ്ങളുടെ മാനദണ്ഡങ്ങളും അതിന്റേതായ ഷർത്തുകളും എന്താണ് ഒരു ഹെക്കുമ് വരുമ്പോൾ അതിന്റെ നിയമം എന്താണ് ഒരു റൊസ ഒരു ഇളവ് അനുവദിക്കപ്പെടണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് ഇതൊക്കെ ഉസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതൊന്നും യാതൊരു ബോധവും ഇല്ലാതെ ഒരു ഹദീസിലുണ്ടെന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് ആ ഹദീസിന് കേൾക്കുമ്പോഴേക്ക് ടിച്ചു തൂങ്ങി ഉലൂഫ് ആസിദാക്കുന്ന ഏർപ്പാട് അപകടകരമാണ് ആ നമസ്കാരം സഹിയാവുകയില്ല ഈ വിഷയത്തിൽ ഇമാം തുർമുദി റലിയുല്ലാഹുന് മാത്രമാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് സഹൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമാം തുർമുദിയുടെ ഇമാം തുർമുദിയ പറഞ്ഞതിന് പണ്ഡിത ലോകം ഒന്നടങ്കം തള്ളിയിട്ടുണ്ട് ഇമാം നവയി ഷറഹുൽ മുഹദ്ബിൽ ഇതൊക്കെ എടുത്തുവച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മഹാന്മാരായ ആളുകൾ ഞാൻ നേരത്തെ എന്നി പറഞ്ഞ മഹാന്മാരായ ആലിമിയങ്ങൾ അവരിൽ ഒരാൾ പറഞ്ഞാൽ തന്നെ ഇമാം തുർമുദിയെ ാൽ മുന്തിന്തിന്തിന്തിന്തിന്തിക്കപ്പെടേണ്ടവരാണ് എങ്കിൽ പിന്നെ അവരൊക്കെയും പറയുന്നു ഹദീസ് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല ഷാദാണെന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി മാത്രം അത് സഹിയാണെന്ന് പറഞ്ഞാൽ അത് തെളിവാവുകയില്ല അത് തന്നെ ഇമാം തുർമുദി ആ സനദിനെ നോക്കിയിട്ടായിരിക്കണം ആ പറയുന്നത് സനതിന് തകരാറൊന്നുമില്ല സനത് സഹയാണ് പക്ഷെ ഹദീസിന്റെ ലഫ്നിൽ ശുതൂത് വന്നതുകൊണ്ട് ഹദീസ് ശാന്തായി പോയിരിക്കുകയാണ് അതുകൊണ്ട് സഹിയല്ല എന്നതാണ് അതിലെ ഹക്കായ നിലപാട് അത് മനസ്സിലാക്കുക ഒളു അപകടപ്പെടുന്നത് സൂക്ഷിക്കുക അത്തരം സോക്സ് ധരിച്ചുകൊണ്ട് ഒളുവെടുത്തു തടവിയും കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല നമസ്കാരം സഹിയാവുകയില്ല അള്ളാഹു സ്വഭാരഹത്താല് ഹക്കിനെ മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും തൗഫീക്ക് നൽകുമാറാവട്ടെ ബാത്തിനെ മനസ്സിലാക്കി അബാത്തിലിനെ മനസ്സിലാക്കി അതിനെ വർജിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകും െഫിയായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ റഹ്മീനായ തമ്പുരാനെ ഞങ്ങൾ നീ അമലുകളെ നീ കബൂൽ ചെയ്യണേതമ്പുരാനെ നാഫിയായ എൽമിനെ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ നിന്റെ ദീനിന്റെ മുഹലിസ്വീയങ്ങളായ ഹാദിമ്യങ്ങളിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തുന്ന ഇതമ്പുരാനെ നിന്റെ ദീനിന്റെ ഹിമത്തിലായ്മുണ്ട് ദീർഘകാലം ഞങ്ങൾക്ക് നീ ദീർഗായസ് സെഹത്താഫിയത്തോടുകൂടി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ഉസ്താദുമാര് ഞങ്ങളുടെ നേതാക്കൾ സ്വാലിഹ്യങ്ങൾ അവർക്കെല്ലാവർക്കും നീ സെഹത്താഫിയത്തോടുകൂടി ദീർഘായസ് നൽകണേ ദമ്പുരാനെ അവരുടെ കീഴിൽ നിന്നുകൊണ്ട് ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്യാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ എല്ലാവിധ ഷറുകളെ തൊട്ടും ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ അവസാനം മരണപ്പെടുന്ന സമയത്ത് പരിപൂർണയുമാനോടുകൂടി കലിമത്തു തവഹൈദ് ഉച്ചരിച്ചു മരിക്കാൻ തൌഫീക്ക് നൽകണേ റഹ്മാനെ ആമീൻ ഗുറഹമിക്കയാൻ അസല വലൈക്കും വർഹമല്ലാഹി വ